ിപാസെഹീതം നയന്തി ൂലം സമ സോമ്യ അനേന ശൃോമൂലം അന്വിച്ച അദ്ഭീസ്വമ്യേജോമൂലമന്വിച്ചേജസ്യശൃന സന്മൂലമന്വിച്ചൂലസ്വമീമാർ പ്രയതായി സ നീ മനസ്സിലാക്കും സൗമ്യ പ്രിയപ്പെട്ടവനെ വിശപ്പുന്താഹ് എത്ര മനുഷ്യൻ പുരുഷൻ ഭക്ഷണം കഴിക്കുമ്പോൾ എന്താണോ അസിതിന്റെ ജലമാണോ ആ ഭക്ഷണത്തെ നയിക്കുന്നത് അതുകൊണ്ട് ഇവിടെ പറയുന്ന ഗോനായ പശുവിനെ നയിക്കുന്നവനെ ഗോ നായോ ഗോ നായി തിച്ചിരേ ഗോപാല പശുവിനെ നയിക്കുന്നവന് ഗോനായൻ എന്ന് പറയുന്നു തഥാ അശ്വാന് നയതി അശ്വനായു അശ്വപാല കുതിരിയെ നയിക്കുന്നവനെ അശ്വപാലൻ അശ്വനായനെന്ന് പറയുന്നു പുരുഷനായക പുരുഷാ നൈതി രാജ സേനാപതൃവ പുരുഷന്മാരെ നയിക്കുന്നവനെ പുരുഷനായനെന്ന് പറയുന്നു രാജാവിനെ പറയാം സേനാപതിയെ പറയാം ക്ഷേകിരി അതുപോലെയാണ് ഈ ജലത്തെ മനുഷ്യർ സാധാരണ തത്രീരസാതിഭാവന നീരേന അസിന നിഷ്പാദിതമിതം ശരീരം പടകണികു അങ്കുര ഉത്പത്തിത ഉദ്ദത സമീപം ശുഖം കാര്യം ശരീരാഖ്യം വടാതി ശുഖവം അതുകൊണ്ട് പറയുന്നു അങ്ങനെ അന്നം കഴിക്കുന്നു ജലം അന്നത്തെ നയിക്കുന്നു അതുള്ളിൽ ചെല്ലുന്നു അസിതേനഅ അന്നേന അങ്ങനെ അമ്പിച്ച് അന്നത്തിൽ നിന്നാണ് ഈ ശരീരം നിഷ്പാദിതം ഈ ശരീരം വളർന്നത് ആ ശരീരം ഏതുപോലെ വട കണികായ്മ ശുങ്കു അങ്കുര ഉത്പാദിത വട ബീജത്തിൽ ആൽവക്ഷത്തിന്റെ ബീജത്തിലിരിക്കുന്ന അങ്കുരത്തെ പോലെ ശുഖം അങ്കുരം പോലെ അത് പ്രകടമായതാണ് ഈ ആൽവൃക്ഷമായി മാറിയത് ഉദ്ഗത അതിൽ നിന്നത് പ്രകടമാണ് ചെറിയൊരാൽവക്ഷത്തിൽ നിന്ന് ഈ മഹത്തായ ആൽവക്ഷം ഉണ്ടായി അതുപോലെ ഇമും ശുഖം കാര്യം ശരീരാക്കിയും വടാതി ശുഖുത്പതിതം അതുപോലെ ശുങ്കം എന്ന് പറഞ്ഞ കാര്യം ഇവിടെ എന്താണ് ആ കാര്യം ഈ ശരീരം വടബീജത്തിൽ നിന്ന് വടം ഉണ്ടായതുപോലെ ഇത് ഉണ്ടായതാണ് സ്വാമി വിജാനേഹി കിം തത്ര വിജ്ഞയം ശരീരം നാമൂലം മൂലരഹിതം പക്ഷേ അതിലെന്താ ശരീരം ഉണ്ടായി വടബീജത്തിൽ നിന്ന് വടം ഉണ്ടായതുപോലെ ഇതിലെന്താ മനസ്സിലാക്കേണ്ടത് മനസ്സിലാക്കേണ്ടത് നാമൂലം ഇതിനൊരു കാരണമില്ലാതെ ഉണ്ടാകത്തില്ല അതറിയണം ഈ ശരീരത്തിന്റെ ഭൗതികമായ ശരീരത്തിന്റെ കാരണം അതറിഞ്ഞാൽ മതി അത് ആ കാരണം സത്തിൽ എത്തിച്ചേരും അന്വേഷണം അതാണ് അടുത്ത് പറയുന്നത് യദ്യം സമൂഹം ഇതും ശരീരം വടാതി സംഗവത് തസ്യ ശരീര സെക്കംമൂലം സിയത് ഭവേത്യവം പൃഷ്ടാഹ പിത വടത്തിൽ നിന്ന് വട ബീജത്തിൽ നിന്ന് അങ്കുരം ഉണ്ടായതുപോലെ ഏതൊരു ബീജത്തിൽ നിന്നാണ് ഈ ശരീരം ഉണ്ടായത് അതിന്റെ കാരണം മൂലം സന്ന കാരണം അന്നമാണോ അന്നം മൂലം ഈ ശരീരത്തിന് കാരണമായിരിക്കുന്ന അന്നമാണ് വടവൃക്ഷത്തിന് കാരണമായിരിക്കുന്നത് വടകണികയാണ് കഥം അസിതം ഈ അന്നം മധുരദ്രുവീകൃതം ജാഠരനാഗിന് ആ പശ്ചിമാന രസഭാവീന പരിണമത്തി അന്നത്തിൽ നിന്ന് ശരീരം എങ്ങനെ ഉണ്ടാകും പറയുന്നു ഭക്ഷിക്കുന്ന ഭക്ഷണ ഉള്ളിൽ പോയി അത് ദ്രവമായി ജലത്തോടു കൂടി ചേർന്ന് അവിടെ ജാഠരാഗ്നി അതിനെ ദഹിപ്പിച്ച് രസമായി പരിണമിപ്പിക്കുന്നു രസാത് സോണിതം ആ രസത്തിൽ നിന്ന് സോണിതം ഉണ്ടാകുന്നു അതിൽ നിന്ന് മാംസം മാംസത്തിൽ നിന്ന് മേധസ്സ് മേധസ് അസ്ഥി ഇനി അസ്ഥികൾ അതിൽ നിന്ന് മജ്ജ മജ്ജയിൽ നിന്ന് ശുക്രം ഇങ്ങനെ ശരീരത്തിലെ ധാതുക്കളെല്ലാം ഈ അന്നത്തിൽ നിന്നാണ് ഉണ്ടാകുന്നു ധാതുക്കളുടെ സമൂഹമാണ് ഈ ശരീരം ഇതിനം കാരണമായി തഥാഷിത് ഭുക്തം ചെന്നവരെ സ്ത്രീ വക്ഷിക്കുന്ന പുരുഷനെ കുറിച്ച് പറഞ്ഞു അതുകൊണ്ട് ചെന്ന് രസാതിക്രമേണ പറഞ്ഞതുപോലെ തന്നെ മാംസം മാംസാത് മേധോ മേധുസ് അസ്ഥിഭ്യു മജ്ജ മജ്ജ ോണിതങ്ങളുടെ സംയോഗം കൊണ്ടാണ് സന്ദരി താഭ്യാ ശുക്രൂതാഭ്യാം അന്നകാര്യം സംയുക്താഭ്യാം പ്രത്യുഹം ആപൂര്യമാണ് അഭ്യാം കുട്ടിൻഡി പ്രത്യഹ ഉപജീയമാണോ അന്നമൂലോ ദേവസുഖ പരിനിഷ്ന്ന മണ്ണ്ുകൊണ്ട് എങ്ങനെയാണോ ഭിത്തിയും മറ്റും ഉണ്ടാക്കുന്നത് അന്നം കൊണ്ട് ആ ശിശു ശരീരം വളർന്ന് പ്രതീക്ഷണം വളർന്നു വലുതായിത്തീരുന്നു ആ ശരീരത്തിന് കാരണമായിരിക്കുന്നതോ ബീജം എന്ന് പറയുന്നു അന്നകാര്യമായ ശുക്രശൂണിതങ്ങൾ അതിൽ നിന്നാണ് ആ ശരീരം ഉണ്ടായത് അത് പിന്നീട് സദാഭക്ഷിക്കുന്ന കൊണ്ട് വൃത്തിയെ പ്രാപിക്കുന്നു സ്ഥൂലമായ വലുതായ ശരീരമായി മാറുന്നു ഇതന്ന കാര്യമാണ് അങ്ങനെ ദേഹമാകുന്ന കാര്യത്തിൽ മൂലമായിരിക്കുന്നു കാരണമായിരിക്കുന്ന അന്നമാണ് അതുമേവത് വിനാശ ഉത്പത്തിമത്വ ദേഹത്തെ പോലും ഉത്പത്തി വിനാശങ്ങളുണ്ട് അന്നത്തിന് അന്നമെന്ന് പറയുന്നത് ഇവിടെ ഉദ്ദേശിക്കുന്നത് പൃഥ്വി തത്വമാണ് കസ്മാ അതുകൊണ്ട് ശരീരം എന്തിനാ യഥാദേഹ സൗമ്യ അനേലുങ്കി ഭൂതേനാസ്വ അതുകൊണ്ട് എങ്ങനെയാണോ ഈ അന്നത്തിൽ നിന്ന് ശരീരമുണ്ടായത് അതുപോലെ ശരീരം ഉണ്ടായത് ജലത്തിൽ നിന്നാണ് ജലകാര്യമാണ് ശരീരം അപ്പാമബിവിനാശ ഉത്പത്തിമത്വ ശു വേരി ശുഖേന കാര്യം തേജവും മൂലമന്വേഷിച്ച ജലത്തെക്കുറിച്ച് ചിന്തിച്ചാലും അത് ഉണ്ടായി നശിക്കുന്നതാണ് അതുകൊണ്ട് അതിന് കാരണമായിട്ട് ജലമാകുന്ന ശുഖം അതായത് കാര്യം അതിന് കാരണമായിട്ടൊരു തേജസ് ഉണ്ട് സ്വാമി ശുഖേനെ തേജോ മൂലമന്വേഷിച്ച തേജസ്വാമി ശുഖേന സന്മൂലമന്വിച്ച അടുത്തത് വ്യാഖ്യാനിക്കുന്നു തേജസ് ഉത്പത്തിമത്വ ശുഖത്വിലി തേജസ്വാമി ശുഖേന സന്മൂലമേകമേ ആധിനീയം പരമാർത്ഥ സത്യം അങ്ങനെയാണെങ്കിൽ തേജസ്സിനെന്താ കാരണം നേരത്തെ സൃഷ്ടിയെ കുറിച്ച് പറഞ്ഞു നോക്കുമ്പോൾ അവിടെ പറഞ്ഞു സൃഷ്ടി സത്തിൽ നിന്ന് സൃഷ്ടിയുണ്ടായി അത് തേജോപ അന്നം ആണ് അങ്ങനെയാണെങ്കിൽ തേജസ്സിന് കാരണം ഇരിക്കുന്നത് വിനാശ ഉത്പത്തികളോടുകൂടിയ തേജകാര്യത്തിന് കാരണമായിരിക്കുന്ന എന്താണ് സത്താണ് രണ്ടു കാര്യങ്ങളാണ് പറയുന്നത് യസ് സർവവിധം വാചാരംഭം വികാരോ നാമധേയം അമൃതം രജ്ജോ സർപ്പാദി വികൽപ്പജാതം അധ്യസ്ഥം അവിദ്യ തേജസ്സിന് കാരണമായിരിക്കുന്ന സത്താണ് അതേ സത്യം സത്താണ് യസ്മിൻ സർവമിതം വാചാരംഭം വികാരവും നാമധേയും മധുരാണി കാണുന്ന സർവ്വ നാമരൂപങ്ങളും പ്രജ്വാദികൾ എങ്ങനെയാണോ സർപ്പാദികളെ ആരോപിച്ചിരിക്കുന്നത് അതുപോലെ അധ്യസ്ഥം വിദ്യയാഥി കൊണ്ട് തദ്ശ്യ ജഗതോ മൂലമത സന്മൂല സത്വ സ്വമീമാഹസ്താവരജംഗമനലനുക്ഷണ കേവലം സന്മൂലേവ ഇതാനകാലേ സദായധന സദാശ്രയവ നീ മൃതം അനശ്രിത്യ കൂടാദേഹ സത്വസ്ഥിതിർവാസി അതോ മൃതന്മൂല സജ്ജാ സദയ് പ്രതിഷ്ഠരവസാനം പരിശേഷ സത്കാരമുക്ഷ സർവരജമരുവ പ്രജകളെല്ലാം പശു പക്ഷേ ആദിഗ്ലാം എന്തൊക്കെയാ സന്മൂല വെറും സന്മൂലമെന്നല്ല പറയുന്നു മറിച്ച് ഇതാനുമൊക്കെ സ്ഥിതികാല സദായത്തിനഹ ഇപ്പോ ഈ സ്ഥിതികാലത്തിൽ സത്തിനെ മാത്രം ആശ്രയിച്ച് ഇങ്ങനെ നിൽക്കുന്നതാണ് അവയ്ക്ക് സ്വന്തമായ നിലനിട്ടില്ല സദാശ്രയവ സത്തിനെ ആശ്രയിച്ച് നിൽക്കുന്നതാണ് ഇവിടെ തുടങ്ങിയത് എങ്ങനെയാണ് സദൈവ കാര്യം പറഞ്ഞത് സത് അത് തന്നെ ജാഗ്രത സ്വപ്നങ്ങൾക്കപ്പുറമുള്ള കാര്യം സുഷുപ്തി ഉള്ള കാര്യം സത്ത് ഒന്നാണ് ആ സത്താണ് ഇതിന് സർവത്തിനും കാരണമായിരിക്കുന്നത് ആ സത്താണ് ഇതാനിമിസ്ഥിതികാലേ ഇപ്പോ ഈ സ്ഥിതികാലത്തിലും ആ സത്തിനെ ആശ്രച്ചിട്ടാണ് ഈ നാമരൂപങ്ങൾ നിലനിൽക്കുന്നത് ആ നാമരൂപങ്ങളിൽ സത്തിൽ ധന്യമല്ല ആ സത്ത് തന്നെയാണ് സദാശ്രയവ എല്ലാ സത്തിനെ ആശ്രയിച്ചു നിക്കുന്നു ആ സത്തിനെയാണ് ഇവിടെ ബോധിപ്പിക്കുന്നത് തത് ആ സത്ത് തോമസീനിയാണ് സത്യനെ ബോധിപ്പിക്കുകയാണ് രണ്ടു തരത്തിൽ ബോധിപ്പിച്ച ആന്തരികമായി ആന്തരികമായി എന്ന് പറഞ്ഞാൽ ജാഗ്രത സ്വപ്ന സൃഷ്ടികളുടെ ആന്തരികമായ വിശകലനത്തിലൂടെ മറ്റൊന്ന് ബാഹ്യമായി പഞ്ചഭൂതങ്ങളുടെ ശാസ്ത്രീയമായ വിശകലനത്തിൽ പഞ്ചഭൂതങ്ങളിൽ അഞ്ചാണ് അത് സൃഷ്ടിച്ചത് ഇന്നതാണ് അതിന്റെ കാരണമിന്നത കാര്യം കാരണം തന്നെയാണ് എന്നിങ്ങനെ ബാഹ്യമായും ആന്തരികമാണ് രണ്ടു തരത്തിലും സത്യം സമർത്ഥിക്കുകയാണ് അനാശ്രപ്പെടാതെ മൃത്തിനെ ആശ്രയിക്കാതെ ഘടത്തിനെന്താ സത്വം ഘടത്തെ കണ്ടിട്ട് നമ്മൾ പറയുന്നത് ഇതുള്ളതാണ് ഇല്ലാന്ന് പറയാൻ കഴിയില്ല നേരിട്ട് കാണുന്നതാണ് പക്ഷെ അവിടെ ഉള്ളത് എന്താണ് മൃത്താണ് മൃത്തിന്റെ നമ്മൾ പറയുന്നത് ഘടത്തിൽ ആരോപിക്കേണ്ടതാണ് പരിശോധിച്ചാൽ കറിയും അവിടെ മൃത്തല്ലാതെ രണ്ടാമതൊരു വസ്തുവില്ല ഉള്ളത് ഒരു നാമഗുരുവുമാണ് അത് പരമാർത്ഥമുണ്ട് മൃതമനാശി ഘടാതഹി സത്വസ്ഥിതിർവാസി മൃത്തിനെ ആശ്രയിക്കാതെ ഘടാദികളുടെ സത്വമോ സ്ഥിതിയോ ഉണ്ടാകത്തില്ല അന്ത് സത്പ്രതിഷ്ഠ ഒടുവിൽ സത്പ്രതിഷ്ഠ സദൈവ പ്രതിഷ്ഠ സമാപ്തരവസാനം പരിശേഷവും അഥോ മൃഗ സന്മൂലത്വ പ്രജാനെ ആശ്രിച്ചിരിക്കുന്നവരാണ് ഈ പ്രജകളെല്ലാം സദൈവ പ്രതിഷ്ഠ ലയ സമാപ്തിൽ അവസാനം സത്തിൽ ഇതെല്ലാം അവസാനിക്കുന്നു പ്രതിഷ്ഠ പറയുന്നു ലയ സമാപ്തി അവസാനം പരിശേഷം സത്ത് ശേഷിക്കുന്നു സത്ത് നാമരൂപാത്മങ്ങളെല്ലാം സത്തായി ശേഷിക്കുന്നുണ്ട് നാമങ്ങൾ രൂപവും അനർതമാണ് പക്ഷെ സത്ത് ശേഷിക്കുന്നു സദാത്മനാസ്വദിക്കുന്നു ആ സത്തിനെ കുറിച്ചാണ് ഇതുവരെയും ജർസി സദ്ദേവ തുടങ്ങി ഇതുവരെ ഈ പ്രകടനത്തിൽ മുഴുവൻ ജർസിൽ നിന്ന് ഈ സത്തിനെ കുറിച്ചാണ് ആ സത്ത് തോമസി ഇനിയാണ് എന്ന് ബോധിപ്പിക്കുന്നു മായും ബാഹ്യമായും ഏത് രീതിയിൽ ചിന്തിച്ചാലും ശരി സത്ത് തന്നെയാണ് സർവാധാര സത്ത് തന്നെയാണ് താനും സത്ത് തന്നെയാണ് പക്ഷെ അനുഭവത്തിൽ അങ്ങനെ സത്തിന് ഉറപ്പിക്കുന്ന എന്തുകൊണ്ടാണ് അനുഭവത്തിൽ ഓരോ പുരുഷനും മനസ്സിലാക്കുന്ന എന്താണ് താനുണ്ടായി നശിച്ചു പോകുന്നതാണ് അപ്പൊ തന്റെ നാശത്തെ കുറിച്ച് എല്ലാവർക്കും ആശങ്കയുണ്ട് ഭയമുണ്ട് അതുകൊണ്ട് പറയുന്നത് അല്ല സത്പ്രതിഷ്ഠ സദൈവ പ്രതിഷ്ഠ അല്ല സത്തിലാണ് നിന്റെ സമാപ്തി നശിക്കുന്നില്ല സന്തോഷ സത്പ്രതിഷ്ഠ അിപ്പതിയത് ഗോ വാസുനായ പുരുഷനായ ഉദണ്യതിൽപ്പതിജി നൈതം അമൂലം ഭവിഷ്യതീതി അതെതാനി അപ്സംഗ്വാന സത്വവും മൂലസ്ഥാനുഗമ കാര്യം അതാണ് ഇവിടെ എന്തിനു സൃഷ്ടിയെ കുറിച്ച് പറയുന്നു സത്യം നിന്നു തേജസ് ജലം പൃഥിവി ഇങ്ങനെ ഉണ്ടായിരുന്നു അല്ലെങ്കിൽ ആകാശം വായു തേജസ് ഇങ്ങനെ ഉണ്ടായിരുന്നു ഏത് രീതിയിൽ പറഞ്ഞാലും ബാഹ്യമായി പ്രപഞ്ചത്തെന്തിന് നിരൂപണം ചെയ്യുന്നു പ്രപഞ്ചത്തിന്റെ രഹസ്യത്തെ മനസ്സിലാകും പ്രപഞ്ചത്തിന്റെ രഹസ്യം എന്ന് പറയുന്നത് സത്തിൽ നിന്ന് വേറിട്ട് പ്രപഞ്ചത്തിന്റെ രഹസ്യം ഇല്ലാതാണ് സത്ത് തന്നെയാണ് പ്രപഞ്ചത്തിന്റെ രഹസ്യം ഇന്ന് മനുഷ്യൻ കണ്ടുപിടിക്കാൻ ശ്രമിക്കുന്നത് പ്രപഞ്ചത്തെ പരിശോധിച്ചു നോക്കി പ്രപഞ്ചത്തിനുള്ളിൽ പ്രപഞ്ചത്തിന്റെ രഹസ്യം ഉണ്ടോ ഇല്ല പ്രപഞ്ചത്തിന്റെ രഹസ്യം പ്രപഞ്ചബാഹ്യമാണ് അതാണ് പ്രപഞ്ചാധാരം എന്ന് പറയുന്നത് അതാണ് പ്രപഞ്ചമൂലം എന്ന് പറയുന്നത് അത് പ്രപഞ്ചത്തിൽ അന്തർഭവിച്ചിരിക്കുകയല്ല പ്രപഞ്ചം ബാഹ്യമായി നിൽക്കുന്നു പ്രപഞ്ചം അതിൽ ആരോപിച്ചിരിക്കുകയാണ് അതുകൊണ്ട് പ്രപഞ്ചത്തിൽ അതിൽ നിന്ന് വേറ്റൊരു സത്യത്വം ഇല്ല ആ മൂലത്തെ അതാണ് സത്തായ മൂലം അതിനഗ്രഹിക്കണം ഇതിന് സത്വാദം എന്ന് പറയുന്നു സത്വാദം അസ്തിത്വവാദം അദ്വൈതത്തിലെ കേവല അസ്തിത്വവാദം എന്നും പറയും വാദം എന്ന് വെച്ചാൽ പറച്ചിൽ തന്നെ ഉള്ളു തർക്കം വാദപ്രതിവാദം എന്നുള്ള അർത്ഥത്തിൽ കേവല അസ്തിത്വം അല്ലെങ്കിൽ അതാണ് പ്രപഞ്ചത്തിന് കാരണമായിരിക്കുന്നത് അത് തന്നെയാണ് പരിണമിച്ചിരിക്കുന്നത് പ്രപഞ്ചാതിൽ നിന്ന് വേറെയല്ല അതാണ് അതിന്റെ സദ്വാദത്തിന്റെ ആ സത്തിന് പിന്നീട് പേര് കൊടുക്കുന്നതാണ് ഈശ്വരൻ എന്നല്ല ഇത്രയും ഗഹനമായ ഒരു ചർച്ച നടത്തുമ്പോഴും സത്തനെ സംബന്ധിച്ച് എന്നിട്ട് ആ സത്തിനെ യോജിപ്പിച്ച് പറയുമ്പോഴും ഇവിടെ ശ്രുതിയിലോ അല്ലെങ്കിൽ ഭാഷകാലോ ഈശ്വരൻ എന്നുള്ള വാക്കയോ ഉപയോഗിക്കുന്നില്ല പ്രത്യേകം പറയാൻ നമ്മൾ സാറിന് പറയും അദ്വൈതം പഠിപ്പിക്കുന്ന ഈശ്വരനും നീ ഒന്നാണെന്നാണ് അതൊത്തൊരു തെറ്റിദ്ധാരണ ഉണ്ടാക്കുന്നതാണ് ഈശ്വര ശബ്ദം കാരണം ഈശ്വരനെ കുറിച്ചുള്ള നമ്മുടെ സങ്കല്പം വേറെയാണ് സർവജ്ഞനായ ഈശ്വരനും അങ്ങനെ ഈശ്വരനെ കൂടി സങ്കല്പിക്കാൻ പറ്റും അപ്പൊ സർവജ്ഞനായിരിക്കുന്ന ഈശ്വരനും താനും ഒന്ന് എന്നൊരു ബോധം ഒരു ജീവന്റെ ഉള്ളിൽ വന്നുകഴിഞ്ഞാൽ അത് കേവലം അഹങ്കാരം മാത്രമായി കാരണം സർവജ്ഞൻ അത്പജ്ഞനാകാൻ രണ്ടും കൂടി യോജിപ്പിക്കാൻ പറ്റത്തില്ല അവൻ്റെ ഈശ്വര ശബ്ദമേ ഉപയോഗിക്കുന്നു കാരണം ഈശ്വരൻ എന്ന് തോന്നുകഴിഞ്ഞാൽ സർവജ്ഞൻ സർവശക്തൻ രക്ഷിതാവൊക്കെയാണ് അങ്ങനെയുള്ള ഗുണങ്ങളോടുകൂടിയ ആളാണ് ഈശ്വരൻ ആ ഈശ്വരനാണ് നീ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അനുഭവവിരുദ്ധമായ കാര്യമാണ് തന്നെ ഈശ്വര ഈശ്വരീയ ഭാവങ്ങളില്ല മനുഷ്യ ശരീരത്തോടു കൂടിയിരിക്കുന്ന ആർക്കും അത് സാധ്യമില്ല ഈശ്വരനാവാൻ സാധ്യമില്ല എന്തുകൊണ്ട് മനുഷ്യ ശരീരത്തിൻ്റെ പരിമിതികളുണ്ട് കർമ്മങ്ങളുടെ പരിമിതിയുണ്ട് ബുദ്ധിയുടെ പരിമിതിയുണ്ട് കാര്യത്തിൻ്റെ പരിമിതി ശരീരത്തിന്റെ പരിമിതിയുണ്ട് ജന്മ മരണങ്ങൾ അവിടെ അനുഭവിക്കുന്നു ഈശ്വരൻ രോഗം ദുഃഖം സുഖം എല്ലാം അനുഭവിക്കുന്നു അതൊക്കെ ഈശ്വരനുണ്ട് ജീവൻ്റെ ഇതെല്ലാം കാണുന്നുണ്ട് ജീവഭാവത്ത് ഈശ്വരനും നീ ഒന്ന് തന്നെ ഈശ്വരനും ഞാനും ഒന്ന് തന്നെ ഈശ്വരനും പുരുഷനും ഒന്ന് ഇങ്ങനെ പറയുന്നു ഭയങ്കര അബദ്ധമാണ് സാധ്യമാൻ ഈശ്വരൻ എന്നുള്ള വാക്ക് ഉപേക്ഷിച്ച് കഴിഞ്ഞാൽ കുഴപ്പമില്ല സത് അവിടെ പറയാ സത് നീ ഒന്ന് തന്നെ ഇത്രേ പറയുന്നുള്ളു ജീവാത്മ പരമാത്മേകത്വം എന്ന് പറയുന്നു ഇത് തന്നെ സർവാത്മഭാവം എന്ന് പറയുന്നു ഇത് ജീവാത്മ പരമാത്മേകത്വം എന്ന് പറയുന്നിടത്തും ഒരു തകരാറും ഞാൻ ജീവാത്മാവ് ഇനി ഒരു പരമാത്മാവ് ആ പരമാത്മാവ് എങ്ങനെ ആയിക്കൊള്ളട്ടെ സർവവ്യാപിയോ നിർഗുണനോ നിരാകാരണോ എന്തു ആയിക്കൊള്ളട്ടെ ഇത് രണ്ടും ഒന്നാണ് എന്ന് പറയുന്നിടത്തും ദോഷമുണ്ട് ജീവാത്മ പരമാത്മേകത്വത്തെ അങ്ങനെ പറയാൻ സാധ്യമല്ല പരസ്പര വിരുദ്ധമായ കാര്യങ്ങളാണ് അതുകൊണ്ട് ശുതി ആ രീതിയിലല്ല പറയുന്നു പറയാറുള്ളത് അദ്വൈതത്തിന് ഒരു മാറ്റം വന്നു ഏറ്റവും തെളിവ് സത്പ്രതിഷ്ഠ സദായധന എന്ന് പറയുമ്പോൾ അവിടെ ഈശ്വരൻ എന്നുള്ള ശബ്ദം ഉപയോഗിച്ച് സർവജ്ഞ സർവശക്തൻ തുടങ്ങിയ മാനസിക ഭാവനകളൊക്കെ ഉണ്ടാകി വരുന്ന വിഷമങ്ങളെല്ലാം അവിടെ മാറും കേവല സത്ത് സത്തിന് സത്തെന്ന് പറയുമ്പോൾ തന്നെ മനസ്സിലാക്കാമെങ്കിൽ പിന്നെ ഈശ്വരം എന്നുള്ള പദത്തിന്റെ ആവശ്യം ഈശ്വരസങ്കല്പം കൂടുതലും പൗരാണികമാണ് പുരാണത്തിന് യോജിക്കുന്നതാണ് ഇവിടെ അതല്ല ഇവിടെ സത്സങ്കല്പമാണ് സത്ത് എന്ന് പറയുന്നൊരു തത്വമാണ് അത് ആന്തരികമായും ബാഹ്യമായും ഒരു വ്യത്യാസം കൂടാതെ നിലനിൽക്കുന്നു സത്യത്തിൽ ഈശ്വരൻ അങ്ങനെയല്ല ഈശ്വരൻ ദൂരെയാണ് അല്ലെങ്കിൽ ജീവഭാവത്തിൽ എന്നിൽ ഈശ്വരനില്ല അല്ലെങ്കിൽ ഞാൻ ശരീരപരിമിതിയോടുകൂടി ഇരിക്കുന്നവനാണ് ജനിച്ചവനാണ് മരണം എന്നിൽ ആ പരിമിതികൾ ഈശ്വരീയതെ പ്രകടമാക്കാൻ അനുവദില്ല പല പോരായ്മകളുണ്ട് അപ്പൊ എങ്ങനെ ഈശ്വരനെ ഞാൻ ഒന്നു പറയാൻ പറ്റും അതുകൊണ്ട് രണ്ടു തരത്തിലും ആന്തരികമായി ജാഗ്രത സ്വപ്ന ശക്തികളുടെ വിശകലനം ചെയ്താലും ആ സത്ത് തന്നെയാണ് ബാഹ്യമായി പഞ്ചഭൂതങ്ങളെ വിശകലനം ചെയ്താലും ആ സത്ത് തന്നെയാണ് ഏതു തരത്തിലായാലും സത്പ്രതിഷ്ഠ സദായന് ഇതിനെല്ലാം യോജിപ്പിക്കുന്നു പുതിയ അദ്വൈതത്തിലാണെങ്കിലോ സത്തിന് വേരം ഈശ്വരനെ കൊണ്ടുപോകും എന്തിനാണ് ഈശ്വരനെ കൊണ്ടുവരുന്നത് ഇവിടെ സത്തെന്ന് പറഞ്ഞിരിക്കുമ്പോൾ എന്തിനു ഈശ്വരനിലേക്ക് പോയി പ്രക്രിയ തെട്ടെന്നുള്ളതല്ല അങ്ങനെയും പറയാം പക്ഷെ അത് ലളിതമല്ല മനസ്സിലാക്കാൻ പ്രയാസമാണ് തത്വമസി മഹാവാക്യാർത്ഥം ശങ്കരാചാര്യരുടെ പേരിൽ തന്നെ പല പുസ്തകങ്ങളിലഴുതിട്ടുണ്ട് പ്രകടനഗ്രന്ഥങ്ങൾ അവസരം കൊണ്ടൊക്കെ താഴെ ശങ്കരാചാര്യ ശങ്കരാചാര്യ വിരചിതം ആദി ശങ്കരാചാര്യ വിരചിതം എന്നൊക്കെ ജീവിച്ചിട്ടുണ്ട് അത് ശങ്കരാചാര്യ എഴുതി എല്ലാം നിത് ഇവിടം മനസ്സിലാക്കും പിന്നെ അവിടെയെല്ലാം എന്താണ് ഒരു ഈശ്വരൻ ഒരു ജീവൻ പിന്നെ അതിന് പരസ്പര പൊരുത്തപ്പെടാത്ത കാര്യങ്ങൾ അതുകൊണ്ട് അവിടെ അർത്ഥത്തെ മനസ്സിലാക്കുക അഖണ്ഡാർത്ഥത്തെ എടുക്കുന്നതിന് വേണ്ടിയിട്ട് അവിടെ ജീവന്റെ ഭാവങ്ങളെ തള്ളുന്നു ഈശ്വരന്റെ ഭാവത്തെ തള്ളുന്നു വിശേഷിക്കുന്ന എന്താണോ അതിനെ സ്വീകരിക്കുന്നു എന്നെല്ലാം വിശദീകരിക്കുന്നത് ഇവിടെ അങ്ങനെയൊന്നും പറയുന്നതേശ്വര ശബ്ദമേ ഉപയോഗിക്കുന്നില്ല കേവല സത് ആ സത്തിന് രണ്ടു ആന്തരികമായി അവസ്ഥാത്രയ വിശ്വകലത്തിലൂടെ മനസ്സിലാക്കാൻ ബാഹ്യമായി പ്രപഞ്ചത്തെ ദേവന്മാര് ഭൂതങ്ങളെ ഏതിനു വിശകലനം ചെയ്താലും ബാഹ്യമായി എന്ന് മനസ്സിലാക്കും ആത്മനിഷ്ഠയും ആന്തരികമായ വിശകലനത്തിലൂടെ സമ്പാദിക്കുന്ന ആത്മനിഷ്ഠയും ബാഹ്യമായ ഭൗതികമായ വിശകലനത്തിലൂടെ കിടന്ന സർവാത്മഭാവവും രണ്ടുകൂടെ സമന്വയിപ്പിക്കുകയാണ് അവന് ശ്രുതിയുടെ താല്പര്യം ജീവാത്മ എന്ന് പറയുമ്പോൾ ഞാനും ഒരു പരമാത്മാവ് മാത്രമായി പോകും അത് സർവാത്മഭാവം വരത്തില്ല എന്റെയും പരമാത്മാവിന്റെ ഏകത്വം മാത്രമല്ല ഓരോ ജീവന്മാരും പരമാത്മാവുമായിട്ടുള്ള ഏകത്വത്തെയാണ് പറയുന്നത് അതുകൊണ്ടാണ് പറയുന്നത് ഒരു മുക്തിയിൽ സർവമുക്തി എന്ന് പറയുന്നത് ഒരു മുക്തനായ പിന്നെ വേറെ ആ മുക്തിക്ക് വേണ്ടി പരിശ്രമിക്കേണ്ട കാര്യമില്ല കാരണം രണ്ട് മുക്തിക്ക് രണ്ടാത്മാവിന്റെ ഏകമായ ആത്മാവുമില്ല ആ ഏകമായ ആത്മാവിൽ നിന്ന് അജ്ഞാനം മാറിക്കഴിഞ്ഞാൽ അതിനെന്താ വിശേഷിക്കും പിന്നെ രണ്ടു ആത്മാവിനെ ഉണ്ടാക്കുന്നതിന് അവിടെ എന്താ ഉള്ളത് അപ്പൊ ജീവഭേവദങ്ങൾ ശ്രദ്ധിക്കും ശ്രദ്ധിക്കത്തില്ല അതുകൊണ്ട് ആത്മനിഷ്ഠവും ആത്മനിഷ്ഠമായ സർവാത്മഭാവം എന്നും പറയാം അതാണ് സത്വന്റെ വിശകലനം കൊണ്ട് കിട്ടുന്നത് മറ്റേ അങ്ങനെയല്ല അഹം ബ്രഹ്മാസ്മി ഇത്ര കിട്ടത്തുള്ളൂ ഞാൻ ബ്രഹ്മമാണ് ബാക്കിയുള്ളവരും അവരുടെ കാര്യം ചിന്തിക്കാൻ കഴിയുന്നില്ല സമയമില്ല തന്റെ കാര്യമാണ് തല ഇതുവരെ അവസാനം എത്തിച്ചേർന്ന ഇതാണ് തന്റെ അനുഭവത്തിൽ ഞാൻ ആത്മാവാണ് ബ്രഹ്മമാണ് ഇവിടെ അത് പോരാ സർവവും ബ്രഹ്മമാണെന്ന് അറിയണം ഞാൻ മാത്രമാണ് സദായധനും സത്പ്രതിഷ്ഠിതമായി സർവത്തെ അറിയുന്നു അതിന് ജീവൻ ഈശ്വരൻ എന്നുള്ള ഇത് വിട്ടിട്ട് കേവലം സത് എന്നുള്ള ഇത് ചിന്തിച്ചറിയുണ്ട് കാരണം ബാഹ്യമായും ആന്തരികമായും അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന സദാസത്തിന് അഹമസ്മി എന്ന് പറയുന്നു എന്താ സത്തിന്റെ അനുഭവമാണ് ഇതമസ്ഥി എന്ന് പറയുന്നത് എന്താ സത്തിന്റെ അനുഭവമാണ് സർവത്ര സത് അനുഭവം അതാണ് ാണ് പറഞ്ഞ നേരത്തെ ആത്മനിഷ്ഠമായ സർവാത്മഭാവം അതിന് ഈശ്വരൻ ജീവൻ എന്ന് വേദനിച്ച പോരാ സത്തെന്ന് തന്നെ പറയും അവിടെ രണ്ട് ശബ്ദത്തിന്റെ ആവശ്യമില്ല മറ്റിടത്തെന്താണ് ജീവൻ ഈശ്വരൻ രണ്ട് ശബ്ദങ്ങൾ ഇവിടെ ഒരു ശബ്ദം മതി സത് അതെല്ലായിടത്തും യോജിക്കും തന്നിനെ ചോദിക്കും പ്രപഞ്ചത്തിനും യോജിക്കും അതുകൊണ്ട് ഇവിടെ മനുഷ്യക്കാരൻ സത്തിന് പ്രാധാന്യം ചർച്ച ചെയ്യുന്നു പ്രകടനഗ്രന്ഥങ്ങളിലെല്ലാം ഈശ്വരൻ ഭേ ജീവൻ എന്ന ഭേദം അതിനെ സ്വീകരിച്ചുകൊണ്ട് ചർച്ച ചെയ്യുന്നു ഇങ്ങനെ ചർച്ച ചെയ്ത സത്തിനെങ്ങനെ അവതരിപ്പിച്ച ഭാഷകാരൻ എങ്ങനെയാണ് പ്രകടനഗ്രന്ഥങ്ങൾ പിന്നെ മാറുന്നത് ഇത് വ്യക്തമായിരിക്കും പലരും പറയുന്നതിന് സമാധാനം എന്താണ് ഭാഷയും ഗ്രന്ഥങ്ങൾ രചിച്ചപ്പോൾ സാധാരണ മനുഷ്യർക്ക് അത് മനസ്സിലാക്കാൻ പ്രയാസമായി വന്നു അതുകൊണ്ട് അതിനുവേണ്ടി ലഘുപ്രകരണങ്ങൾ രചിച്ചു എന്നാണ് അതും ശരിയല്ല എന്തുകൊണ്ട് എളുപ്പം മനസ്സിലാക്കുന്ന ഭാഷ്യത്തിൽ നിന്നാ പ്രകടനങ്ങളിൽ നിന്ന് പ്രണങ്ങളിൽ നിന്ന് ആശയക്കുഴപ്പമുണ്ടാകത്തെയുള്ളൂ ഭാഷ്യത്തിൽ നിന്നങ്ങനെ നേരിട്ട് വ്യക്തമായി കാര്യം മനസ്സിലാക്കും പിന്നെ എന്തിനാ ഭാഷ്യത്തെ രചിച്ചു അതായത് ലഘുപ്രകടനങ്ങളെ രചിച്ചു കാരണം ഈ ഭാഷ്യം മനസ്സിലാക്കിയ പിൽക്കാലത്ത് വന്ന അവരുടെ ആശയങ്ങളെ സംക്ഷേപിച്ച് അവരുടെ കാലത്തിനനുസരിച്ച് എഴുതിവെച്ചാണ് പ്രകടനങ്ങൾ അതിൽ പല വാദപ്രതിവാദങ്ങൾക്കുള്ള സമാധാനം കൂടി പറയേണ്ടതുണ്ട് സിദ്ധാന്തം അവതരിപ്പിച്ചാൽ മാത്രം അത് രണ്ട് രീതിയാണ് ഒന്ന് സിദ്ധാന്തത്തെ മറ്റൊന്ന് പൂർവപക്ഷ സമാധാന രൂപത്തിൽ വാദപ്രതിവാദങ്ങൾക്ക് സമാധാനം പറയിക്കുക ഭക്ഷിക്കാരൻ തന്റെ കാലത്തുണ്ടായിരുന്ന ചോദ്യങ്ങൾക്ക് സമാധാനം പറഞ്ഞു ആചാര്യന്മാർക്ക് അവരുടെ കാലത്തുള്ള ചോദ്യത്തിന് സമാധാനം പറയണം ആ ചോദ്യങ്ങൾ ഭക്ഷ്യക്കാലിന് ശേഷം വന്ന് ദ്വൈതം വിഷ്ടാദ്വൈതം തുടങ്ങിയ സിദ്ധാന്തങ്ങളുടെ ബാഹുല്യം കൊണ്ടുണ്ടായതാണ് അതും സമാധാനം പറയുന്നതിന് വേണ്ടി തൽക്കാലത്ത് ആചാര്യന്മാരാണ് ധാരാളം പ്രകടനങ്ങൾ എഴുതി വെച്ചത് ഒരുപാട് ഉദാഹരണങ്ങളുണ്ട് ദിവ്യാപരാധക്ഷമാവണർ സ്തോത്ര ശങ്കരാചാര്യത വളരെ പ്രസിദ്ധമാണ് അതിലെഴുതിയിരിക്കുകയാണ് എനിക്ക് വയസ്സ് പത്ത് തൊണ്ണൂറായി ഇതുവരെ ഞാൻ നിന്നെ ഭജിച്ചിട്ടില്ലെന്ന് ശങ്കരാചാര്യെന്നാ പറയുന്നത് ശങ്കരാചാര്യർ തൊണ്ണൂറ് വയസ്സ് വരെ ജീവിച്ചിരുന്നു എന്ന് അത് വെച്ച് മനസ്സിലാക്കി ഒരു ഉദാഹരണം ഞാൻ പറഞ്ഞു തൊണ്ണൂറ് വയസ്സായി എന്ന് തന്നെ കുറിച്ച് പറയും ശങ്കരാചാര്ക്ക് എവിടെയാണ് തൊണ്ണൂറ് വയസ്സായി ഇതെല്ലാം ശങ്കരാചാര്യന്മാരെഴുതിയൊരു തന്നെ പക്ഷെ അവര് പുതിയ പ്രക്രിയകൾ അതുകൊണ്ട് വരുന്ന ഒരു തകരാറ് എന്നുവെച്ചാൽ പിന്നീട് വന്ന ഈ ഗ്രന്ഥങ്ങളെല്ലാം ഭാഷ്യത്തെക്കാൾ കൂടുതൽ കൂടുതൽ ഗഹനവും കഠിനവുമാണ് മനസ്സിലാക്കാൻ പ്രയാസം ഭാഷ്യം മനസ്സിലാക്കാൻ പ്രയാസമുള്ളതുകൊണ്ടാണ് അതെഴിയത് അത് ഭാഷ അതിനെ മനസ്സിലാക്കാൻ അതിനു പിന്നെ ടീഗയും ടിപ്പണിയും അത് മനസ്സിലാക്കണമെങ്കിൽ അതിനും പിന്നെ ടീഗ് അപേക്ഷത ഭാഷ്യം അങ്ങനെയല്ല സരളമായി നേരിട്ട് കാര്യം പറഞ്ഞു ഒന്നിലുറപ്പിച്ചു തത്വനിഷ്ഠമായി മനുഷ്യനെ ചിന്തിക്കത്തക്ക രീതിയിൽ പറഞ്ഞു അതുകൊണ്ട് ശാസ്ത്രം മനസ്സിലാക്കുന്നതിന് വരുന്ന പോരായ്മകൾ അവിടെയാണ് കാരണം അത് തത്വനിഷ്ഠമായി മനസ്സിലാക്കാതിരുന്നാൾ ഈ ശബ്ദജാലത്തിന്റെ പുറകെ പോയാൽ കാര്യങ്ങൾ ശബ്ദനിഷ്ഠമായിട്ട് മനസ്സിലാവും തത്വം പോകും ശബ്ദം മാത്രമേ ഗ്രന്ഥഭാരം അത് വരും തലച്ചോട്ട് അതുകൊണ്ട് കാര്യം ഭാഷയത്തെ സംബന്ധിച്ചാലും ശരി ഗ്രന്ഥഭാരം ഗ്രന്ഥഭാരം എന്ന് വെച്ചാൽ ഇപ്പോൾ ഒരാള് നമ്മളിപ്പോൾ നമ്മൾ തന്നെ ചെയ്യുന്നത് എന്താ ഒരു ഭാഷയും കഴിഞ്ഞ് വേറൊരു ഭാഷ വേറെ ഭാഷയും കഴിഞ്ഞ് വേറൊരു ഭാഷ ഭാഷകളിൽ നിന്നും ഭാഷകളിലേക്ക് വയ്ക്കൊണ്ടിരിക്കുന്നു ഇതാണ് ഗ്രന്ഥഭാരം എന്ന് പറയുന്നത് ഭാഷകളെല്ലാം ഈ ശബ്ദജാലത്തെല്ലാം തലക്കേറ്റി വെച്ചിട്ടെന്താ പ്രയോജനം ഒരു പ്രയോജനമില്ല ഇത് മുഴുവൻ ഒരാൾ മനാപ്പാഠം ചെയ്യുന്നിരിക്കട്ടെ രാവിലെ എഴുന്നേറ്റിരുന്ന് വൈകുന്നതുവരെ ഇതുതന്നെ വായിച്ചുകൊണ്ടിരുന്നെന്ന് വിചാരിക്കട്ടെ വിശേഷിച്ചൊരു ഫലം ഉണ്ടാകുന്നു അതൊക്കെ ഗ്രന്ഥഭാരം ശബ്ദഭാരം മറിച്ച് ഭാഷകാരം ഉദ്ദേശിക്കുന്നതല്ല ശ്രുതി ഉദ്ദേശിക്കുന്നതല്ല അന്ന് തത്വത്തെ ഗ്രഹിക്കുക തത്വത്തെ ഗ്രഹിക്കുന്നതിന് വേണ്ടി മാത്രം ഗ്രന്ഥത്തെ ആശ്രയിക്കുക ഗ്രന്ഥത്തിന് വേണ്ടി ഗ്രന്ഥത്തെ ആശ്രയിക്കും ഗ്രന്ഥനിഷ്ഠയല്ല തത്വനിഷ്ഠ വ്രതമായി സ്വീകരിക്കാം ഞാൻ മരിക്കുന്നത് വരെ ഇത് പഠിച്ചു തന്ന കഴിയും നല്ലതാണ് വേറെ ഏതെങ്കിലും ജോലി ചെയ്യുന്നത് അവസരമില്ലെങ്കിൽ ഇത് ചെയ്യാം പക്ഷെ അതുപോലെ തത്വനിഷ്ഠ അതിന്റെ ആവശ്യമാണ് അപ്പോൾ ആ തത്വനിഷ്ഠയാണ് ഭാഷ്യത്തിന്റെ പ്രയോഗം അപ്പം അത് ലളിതമായ മാർഗമാണ് ഭാഷ്യകാലം പറയുന്നത് അത് പറയാൻ കാരണം തത്ത്വമസിയുടെ വ്യാഖ്യാനം തന്നെ എഴുതിയ ഗ്രന്ഥങ്ങളുണ്ട് ഒരുപാട് കേവലം തത്ത്വമുസിയുടെ അതെല്ലാം എവിടെ ചെന്നു മനസ്സിലാക്കാൻ തന്നെ പ്രയാസം ഇരട്ടി തലച്ചോറ് വേണം മനസ്സിലാക്കണം ഇന്നുള്ള തലച്ചോറ് പോരാതെന്ന് മനസ്സിലാക്കണം ആ ആ കാര്യങ്ങൾ എഴുതിയിരിക്കുന്നു അവതരിപ്പിച്ചു അതൊക്കെ മനസ്സിലാക്കി പണ്ഡിതനാകാൻ പറ്റും പറയുന്നത് പണ്ഡിത വേദാന്ത കേൾവിക്കാരമ്പരുന്നോ എന്താ പറയുന്നു അതിലൊന്നും അതൊക്കെ അർത്ഥം ആ ശൈലിയുണ്ട് ഇവിടെ ഭാഷ്യത്തെയും ആ രീതിയെ സമീപിച്ചില്ലെങ്കിൽ ഭാഷ്യൊണ്ടും പറയാനൊന്നും ഇല്ല എന്നും നമ്മുടെ ശബ്ദ പാണ്ഡിത്യത്തെ വളർത്താനാണ് നമ്മൾ ഉദ്ദേശിക്കുന്നതെങ്കിൽ അതുകൊണ്ട് കാര്യമൊന്നും ഈ ശബ്ദജാലത്തെ മനസ്സി വയ്ക്കുന്നതിൽ ഒരു കഴിവില്ല വേറൊന്നും മനസ്സി വെക്കാനില്ലെങ്കിൽ വയ്ക്കാത്രേ ഉള്ളു അതുകൊണ്ട് ആ വ്യാഖ്യാനങ്ങൾ എന്താണ് തത്തോമസിയുടെ മറ്റു വ്യാഖ്യാനങ്ങൾ അതുകൊണ്ട് ഈശ്വരൻ ജീവൻ അതിനെ കുറിച്ച് ഞാൻ ഇങ്ങനെയുള്ള ഭേദങ്ങൾ പിന്നെ നിഷേധിച്ച് പിന്നെ അതിനെ ഒന്നാക്കി ഇതല്ല ഇത് സരളമായി മനസ്സിലാക്കാൻ വേണ്ടിയിട്ടുള്ള ഉപായങ്ങളെല്ലാം ഇതിനെതിരായി വന്ന വാദങ്ങളെ നിരാകരിക്കുന്നതിന് വേണ്ടി രൂപപ്പെടുത്തിയ വിചാര പദ്ധതികളാണത് അന്ന് മനോപ്പാടം ചെയ്യുന്നതിന് പഴമില്ല ഇത്രയും മനസ്സിലാക്കാറുള്ളു എന്താണ് സത്പ്രതിഷ്ഠ ആന്തരികമായാലും ശരി ബാഹ്യമായാലും ശരി അവസ്ഥാത്രയ നിരൂപണത്തിലൂടെയാലും ശരി ഭൂതപഞ്ചക നിരൂപണത്തിലൂടെ ആയാലും ശരി നിർണ്ണയിക്കാനുള്ള ഒരു കാര്യമാണ് എന്താണ് അത് ഇപ്പൊ തന്നെ സ്പഷ്ടമായ കാര്യമാണ് വേദാന്ത വിചാരം കൂടാതെ തന്നെ സ്പഷ്ടമായ ഒരു കാര്യമാണ് ശ്രദ്ധിക്കാൻ മനസ്സിലാകുന്ന കാര്യമാണ് എന്താണ് ബാഹ്യമായും സത്ത ഉണ്മ അസ്തിത്വം ആന്തരികമായും അസ്ഥ അസ്തിത്വം സത്ത അതിനെ നിരാകരിക്കാൻ പറ്റുന്നില്ല നിഷേധിക്കാൻ പറ്റുന്നില്ല ഇത് മനസിലാക്കുന്നതിന് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അതിനാവർത്തിക്കുക ലളിതമായ കാര്യത്തെ ആവർത്തിക്കുക ലളിതമായ കാര്യങ്ങൾ മനസ്സിലാകുന്നില്ലാതുകൊണ്ട് ദഹനമായതിനാവർത്തിച്ചിട്ട് പറയുക എന്നുണ്ടോ ലളിതമായ ആവർത്തിക്കുക മനസ്സിലാകാത്ത ഇത് ലളിതമല്ലാത്തതു കൊണ്ടല്ല ഇതിനെ ഗ്രഹിക്കുന്നതിനുള്ള യോഗ്യത ബുദ്ധിക്കല്ലാത്തതുകൊണ്ടാണ് അല്ല ഇത് ലളിതമല്ലാത്തതുകൊണ്ടാണ് അതുകൊണ്ട് ആ സത്ത് അതിന് ഉറപ്പിച്ചുകൊണ്ട് അതാണ് തത്വനിഷ്ഠ എന്ന് പറയുന്നത് സത്തിൽ ഉറപ്പിക്കുക സത്യത്തിനഗ്രഹിക്കും നാം രൂപാത്മമായി അനുഭവപ്പെടുന്ന പ്രപഞ്ചത്തിലെ സത് തത്വത്തെ ആഗ്രഹിക്കുക അത് പ്രയാസമുള്ള കാര്യമല്ല അതിനുവേണ്ടിയിട്ടാണ് സത്തിനിവിടെ പ്രാധാന്യം കൊടുത്തിരിക്കുന്നത് അത് ഇതം അപ്ശദ് സദോ മൂല കാര്യത്തിലൂടെയും എത്രയകാല പിപാസതി പാദമിച്ച് പുരുഷോ ജലം കുടിക്കാൻ ആഗ്രഹിക്കുന്നു അശിഷ്യത്തി ഇത് മുഖ്യമായൊരു പേരല്ല ദ്രവീകൃത ഈ കഴിക്കുന്ന ആഹാരം അത് ജലത്തിനോട് ചേർന്ന് ദ്രവീകൃതമാകുന്നു ഉള്ളിൽ ചെല്ലുന്നു അത് ദേഹം ക്ലേത ജലം കൂടുതൽ ചെന്ന് കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ ശരീരം കുതിർന്നു പോകും അല്ലേ വെള്ളത്തിൽ വീണ് കിടക്കുന്ന ശരീരങ്ങൾ കാണാം മനുഷ്യന്റെയോ മൃഗങ്ങളുടെയോ ഒക്കെ അതെല്ലാം വെള്ളം കൊണ്ട് അതാണ് ഇവിടെ പറയുന്നത് ക്ലേലേന്തിയോ ശിഥിലീപുരി അതിങ്ങനെ ഊത് വീർത്ത് പെരുത്തു കിടക്കുന്നതാണ് തേജസ്സെന്നെ ശോഷ്യതേ കൂടുതൽ ജലം ചെന്ന് കഴിഞ്ഞാൽ തേജസ് അതിനെ ശോഷിപ്പിക്കണം ആവശ്യമില്ലാത്ത ജലത്തിന് പുറത്ത് കളയണം അങ്ങനെ തേജസ്സിനൊരു പണിയുണ്ട് ശരീരത്തിൽ ഒന്ന് ജലത്തെ ശോഷിപ്പിക്കുന്നു വേറെ മറ്റൊക്കെ കൊടുക്കൊണ്ട് ശരീരത്തിൽ നിന്ന് പുറത്തു പോകുന്നുണ്ടോ ജലം നിതരാജ തേജസ്സാ ശോഷിമാണാപ്സുദേഹഭാവേന പരിണാമിച്ച പുരുഷ അങ്ങനെ തേജസ് നിരന്തരം ഈ ശരീരത്തിൽ നിന്ന് പ്രവർത്തിക്കുന്നുണ്ട് ശരീരത്തിൽ നിന്ന് ജലം നഷ്ടപ്പെടുന്നു അവ വീണ്ടും അവന് ജലം കുടിക്കുന്ന ആഗ്രഹം വരുന്നു തഥാ പുരുഷ പിപ്പാസതി നാം അതുകൊണ്ട് പുരുഷന് എന്ന് പറയുന്നു എന്ന് പറയുമ്പോൾ ഈ പുരുഷൻ എന്ന് പറയുന്ന ആത്മാവ് വരുന്നു ആത്മാവ് ഇനി എപ്പോഴും ആത്മാവായിട്ടിരിക്കാൻ പോയ അങ്ങനെ ഇരിക്കണെങ്കിൽ സുഹൃപ്തിപ്പോൾ താനായിട്ട് തന്നെ ഇരിക്കണത് ഇവിടെ മറ്റു പലതായിട്ടും ഇരിക്കുന്നു ശരീരമായിരിക്കുന്നു അന്നമായിരിക്കുന്നു ദാഹിക്കുന്നവനായിരിക്കുന്നു വിസക്കുന്നവനായിരിക്കുന്നു ഇതുമെല്ലാം ആത്മാവാണ് സുഹൃപ്തിയിൽ ഒറ്റയ്ക്കിരിക്കുന്ന ആത്മാവ് തന്നെയാണ് ഇവിടെ എല്ലാമായിരിക്കുന്നത് ആത്മാവിനെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ഇത് രണ്ട് രണ്ടിനെയും സ്വീകരിക്കണമല്ലോ ഈ ഉണർന്നിരിക്കുന്ന പുരുഷനായിരിക്കുന്ന തിന്നുകയും കുടിക്കുകയും ഒക്കെ ചെയ്യുന്ന ഈ ആത്മാവ് ഈ ആത്മാവ് തന്നെയാണ് അവിടെ ഇതൊന്നും ചെയ്യാതിരിക്കുന്നത് രണ്ടിടത്തും ഒരു സ്വത്തനെ തന്നെ സമർത്ഥിക്കുന്നു ഞാൻ പറയുന്നത് കണ്ണ് തുറന്നാലും ആത്മാവ് കണ്ണടച്ചാലും ആത്മാവ് അതിനുവേണ്ടി പറയാണ് തേജയവ ദത്തതാ പീതം അപാദിശോഷയ തേജസ് ഈ പുരുഷൻ്റെ ജലത്തിമുറ്റി ശോഷിപ്പിക്കുന്നു ദേഹത്തെ ദോഹിത പ്രാണഭാവേന നയിതെ പരിണമേരി പിന്നീട് എന്ത് ഈ ദേഹത്തിലുള്ള രക്തം തുടങ്ങിയ രൂപത്തിൽ അതിനെ പരിണമിപ്പിക്കുന്നു പ്രാണനോടുകൂടി ചേരുന്നു എല്ലാം പ്രാണന്റെ അംശമായി മാറുന്നു തേജസ് രക്തമായി മാറുന്നു തദ്ദേ ഇ ഇത്യാദി സമാനമേവം തത്തേജ അജഷ്ടപ്പ തേജസിന് ഒരു വലിയ ജോലിയുണ്ട് ഗോനായ എന്നെല്ലാം പറയുന്നത് പോലെ തന്നെ ഉദന്യെന്ന് പറയുന്നു ജലത്തെ നയിക്കുന്നതും ഉണ്ട് ഉദന്യെ തീരി ഛാന്തസും തത്രാ ഭാഷാപരമായ കാര്യത്തെക്കുറിച്ച് പറയുന്നു അഭാമ പേതുവ ശരീരാക്കിയ ശുഖം നാണ്യതി സമാനം ബാക്കിയെല്ലാം മുമ്പ് പറഞ്ഞതുപോലെ തന്നെ അതുകൊണ്ട് ജലമാകുന്ന കാരണത്തിൽ നിന്നാണ് ഈ ശരീരം ഉണ്ടായത് അതുപോലെ തേജസ്സാകുന്ന മൂലത്തിൽ നിന്നാണ് ഈ ശരീരം ഉണ്ടായത് തേജസ്സിനെ അതുകൊണ്ട് ഉദന്യാന്ന് പറയുന്നു ആ തേജസ് സത്താകുന്ന കാരണത്തിൽ നിന്നാണ് ഉണ്ടായത് കാരണം ഈ സത്തിനും ഭൂതങ്ങൾക്കും പരസ്പരമുള്ള ബന്ധത്തെക്കുറിച്ച് പറയും കാരണം സർവ്വത്ര സത്തിന്റെ അനുഭവം ഉണ്ടല്ലോ സത്തിലാണല്ലോ ഈ ഭൂതങ്ങളെല്ലാം നിലനിൽക്കുന്നു സത്തിനെ തന്റെ അനുഭവം തന്നെയാണ് അഹമസ്മി ഞാനിതാകൂടെ ഉണ്ട് അവിടെ എനിക്ക് സത്തിനെ ഈ ശരീരത്തിൽ നിന്ന് വേട്തിരിച്ച് മനസ്സിലാക്കാൻ കഴിയുന്നില്ല ശരീരത്തിൽ നിന്ന് വേർതിരിക്കാൻ വയ്യെന്ന് പറഞ്ഞാൽ ശരീരത്തിന് കാരണമായിരിക്കുന്ന മൂലഭൂതങ്ങളിൽ നിന്ന് വേർതിരിക്കാൻ അത് വേർതിരിക്കേണ്ട ആവശ്യമില്ല എന്തുകൊണ്ട് ഇതെല്ലാം സതായത്തന സത്പ്രതിഷ്ഠ ഇതെല്ലാം സത്തിൽ തന്നെ ആശ്രയിച്ചിരിക്കുകയാണ് ഇതിങ്ങനെ നാലാരൂപത്തിൽ ഇത് പ്രവർത്തിക്കുന്നുണ്ടെങ്കിലും അതിനിവിടെ സമർത്ഥിക്കുകയാണ് സത്തിൽ നിന്നും തുടങ്ങുന്നു ഇതെല്ലാം ുന്നു സത്തിനെ ആശ്രയിക്കുന്നു തേജോമൂലം അന്വിച്ച തേജസൗമ്യ സന്മൂലമന്യച്ഛ സന്മൂല സോമ്യമാർ പ്രദായമ തിസ്രോ ദ്രവിഡ്ക തദുക് പുരസ്താ സോമ്യപുരുഷ േതോ വാങ് മനസ്സിതം പറയുന്ന ഈ കാര്യവും അത് തേജസ്സിന്റെ തന്നെയാണ് അത് അപ്ശുങ്കേന ദേഹേനാപ്പോ മൂലം ഗമ്യത അതുകൊണ്ട് ജലകാര്യമായ ൊണ്ട് ആ ദേഹത്തിലൂടെ ജലത്തിന്റെ കാരണത്തെ കണ്ടെത്താം അധി ശൃഖേന തേജോ മൂലം ജലത്തിന്റെ കാരണം എന്താണ് തേജസ്സാണ് തേജസ്ആ ശൃംഖേന സന്മൂലം തേജസ്സിന്റെ കാരണം എന്താണ് സത്ത് സത്ത് നിന്ന് തേജസ് തേജസ് നിന്ന് ജലം ജലത്തിൽ നിന്ന് അന്നം അന്നത്തിൽ നിന്ന് ശരീരം ശരീരം ആണല്ലോ ഇപ്പൊ താൻ സത്തായി കരുതിയിരിക്കുന്നു ഇവിടെ സത്ത് കാര്യത്തിൽ വിവാദം ആർക്കും ഇല്ല പിന്നെ സത്തിനെ ആർക്കും നിഷേധിക്കാൻ വയ്യ തന്നെ ആർക്കാ നിഷേധിക്കാൻ കഴിയും ഉള്ളിലും പുറത്ത് സത്ത് തന്നെ എന്നുള്ള കാര്യത്തിലും വിവാദമില്ല ആസ്തികനെന്നോ നാസ്തികനെന്നുള്ള ഭേദമൊന്നും സർവരും പറയുന്നു ഇത് സത്താണ് ഉള്ള ഒന്നിനും നിഷേധിക്കാൻ പറ്റും സാധ്യമല്ല കാരണം സർവത്ര അപ്യവഹാരമുണ്ട് സദ് അസത്ത് ഇത് സത്താണ് മറ്റെന്താ അസത്താണ് എന്നെ ഇങ്ങനെ വ്യവഹരിക്കുന്നു അപ്പം ഈ വ്യവഹാരങ്ങളെല്ലാം സത്തിനെ ആശ്രയിച്ചാണ് അതുകൊണ്ട് ലൗകികമായി വ്യവഹാരികമായി സത്തിനെ ആരും നിഷേധിക്കുന്നില്ല ഈശ്വനെന്ന് മറ്റും പറയുമ്പോഴാണ് അവിടെ നിഷേധം വരുന്നത് ഈശ്വന അംഗീകരിക്കാൻ ബുദ്ധിമുട്ടും സത്തിനെ അംഗീകരിക്കാൻ ആർക്കും ബുദ്ധിമുട്ടില്ല ഇവിടെ ചർച്ചയിൽ നിന്ന് ആ സത്താണ് ഈ കാണുന്ന വസ്തുക്കളുടെ വാസ്തവ സ്വരൂപം അവിടെയാണ് വിവാദം വരുന്നത് അതിനാണ്ട് ഭാഷകാരൻ സമാധാനം പറയുന്നു ഈ കാണുന്നത് സസ്വരൂപമാണ് ഈ കാണുന്ന സ്വരൂപമല്ലം ഹീ തേജോപന്നമയസ്യ ദേവശൃംഗ്യ വാചാരംഭണമാത്ര അന്നാദിപരമ്പരയ പരമാർത്ഥസത്യം സന്മൂലം അഭയസന്ത്രാസം നിരായാസം സന്മൂലം അന്ച്ഛേദി പുത്രം ഗമയിത് അതാണ് ഇവിടെ പുത്രനെ ബോധിപ്പിക്കുന്നത് ഇത് തേജോപന്ന മേശ്യ ദേഹശൃംഗസ്യ ഇത് പഞ്ചഭൂതാത്മകമാണ് ഈ ശരീരം വാചാരംഭണ മാത്രസ്യ ഇതെല്ലാം സത്താണെന്ന് നമ്മൾ അനുഭവിക്കുന്നുണ്ടെങ്കിലും ഇത് സത്താണെന്ന് അനുഭവിക്കുമ്പോൾ എന്താ അനുഭവം ഇതിന്റെ സ്വരൂപസത്താണെന്നാണ് കാണുന്ന സർവത്തിൻ്റെ ഈ സ്വരൂപസത്താണ് കാരണം സർവത്ര ഇത് സത്താണെന്നുള്ള അനുഭവം ആയതുകൊണ്ട് ഈ കാണുന്നതിൻ്റെ എല്ലാം സ്വരൂപസത്താണെങ്കിൽ പിന്നെ നാമോ രൂപവുമായിട്ട് എന്തുകൊണ്ട് ഇത് അനുഭവപ്പെടുന്നു സത്തായിട്ട് മാത്രം അനുഭവപ്പെട്ട പോലെ അതിൽ തെറ്റില്ല എന്തുകൊണ്ട് ഇത് വാചാരംഭണം അത്രസ്യം നാമോ രൂപവും വാഗാലംബനമാണത് സത്തിനെ വാഗ് ഇങ്ങനെ അവലംബിക്കുന്നു ആശ്രയിക്കുന്നു നാം ഒരു ഭാഗമായി അനാദി പരമ്പരയ ഇത് ഈ ദേഹശംഖം ഈ കാര്യം അനാഅ അനാദി സത്തിൽ ഇങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കുന്നു സർവത്ര അനുസ്യൂതമായിരിക്കുന്ന ഈ സത്തിൽ ദേഹപരമ്പര വന്നുപോകുന്നു അത്രയോ പറയുന്നതിന്റെ താൽപര്യം അനാദിട നമ്മുടെ പുനർജന്മം എന്ന് പറയുന്നു പുനർജന്മം എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സ് വരുന്ന എന്താണ് ഈ ആത്മാവ് ഈ ശരീരത്തെ വിട്ട് വേറൊരു ശരീരത്തെ പോയി പ്രാപിക്കുന്നു വാസ്തവത്തിൽ ഏകമായ സത്തിൽ അനേക ദേഹശുഖങ്ങൾ ദേഹകാര്യങ്ങൾ പ്രകടമാകുന്നതാണ് പുനർജന്മം ഒരു സത്തിൽ അനേകദേഹങ്ങൾ പ്രകടമാകും ഒരു സമുദ്രത്തിൽ അനേക തരംഗങ്ങൾ പ്രകടമാകാതെ പോകും സദായതനം സത്തിനത് എല്ലാ സത്യം ആശ്രയമായിരിക്കുന്നു പരമാർത്ഥസത്യം സന്മൂലം പരമാർത്ഥ സത്യം അത് സന്മൂലം അഭയസന്ത്രാസം ഭയകമ്പാതിരഹിതമാണ് ജീവനെ ഇതെന്തിനാ ബോധിപ്പിക്കുന്നത് ഇതിന്റെ വ്യാവഹാരികമായ പ്രയോജനം എന്താണ് ഇത്രയും ആയാസമുണ്ട് ഈ ബ്രഹ്മവിദ്യ ആത്മതത്വ ജ്ഞാനം അതുകൊണ്ടെന്താണ് പ്രയോജനം വ്യവഹാരികമായ എന്താ പ്രയോജനം അഭയസന്ത്രാസംഭയകമ്പങ്ങളിൽ നിന്നവൻ മുക്തനാകുന്നു എന്തുകൊണ്ടവൻ സത്താണ് അതുകൊണ്ട് സസ്വരൂപത്തിൽ താൻ ഭയകമ്പങ്ങളിൽ നിന്നും മുക്തനായിരിക്കുന്നു അതുകൊണ്ടെന്താ പ്രയോജനം നിരായാസം ആയാസത ഇല്ലാതാകുന്നു അവനിൽ നിന്ന് തൻ്റെ സ്വരൂപം നിരായാസമാണെന്ന്ഗ്രഹിക്കുന്നു ആയാസതയിൽ നിന്ന് സർവ സർവക്ലേശങ്ങളെ ആയാസമായിട്ടെടുക്കും പുതിയ സാധാരണപതി സംസാരക്ലേശം ജനന മരണക്ലേശം ജീവിതക്ലേശം അതിൽ നിന്ന് വിടുന്ന നിരായാസമാണ് തന്റെ സ്വരൂപം സന്മൂലം അന്വേഷിച്ച അതാണ് അറിയേണ്ടത് പറയുന്നു സീതവിദ്യോട് പറയുക അത് നീ മനസ്സിലാക്കൂ നിരായാസ സ്വരൂപമുണ്ട് വാസ്തവത്തിലെല്ലാം ക്ലേശങ്ങളിൽ നിന്ന് മനസ്സിന്റെ അലട്ടലിൽ നിന്ന് മനസ്സിനെ മോചിപ്പിക്കാനുള്ള ഉപായങ്ങളായി തല്ല ദുവിതമൊന്നും അദ്വീതമൊന്നും എല്ലാം പറഞ്ഞു കഴിഞ്ഞാൽ ദുഃഖവിമുക്തി അത് തന്നെ ഇതിൻ്റെയൊക്കെ താൽപ്പര്യം അതിന് ഈ അറിവ് സഹായിക്കുന്നതാണ് അന്വേഷിച്ച അത് അന്വേഷിച്ച് കണ്ടെത്തണം പറയുന്നത് ശരി ഇതൊക്കെ സത്താണെന്ന് അറിഞ്ഞു ഞാനും മനസ്സിലാക്കി പക്ഷെ നിരായാസനാകുന്നില്ല ക്ലേശങ്ങളിൽ നിന്നും മോചനം വരുന്നില്ല ഇതറിഞ്ഞാലും ക്ലേശം വരുമ്പോൾ വീണ്ടും ക്ലേശത്തിന് അധീനനായി പോകുന്നു മോചനം സംഭവിക്കുന്നില്ല അന്വേഷിച്ച അന്വേഷിച്ചത് കണ്ടതാണ് അറിഞ്ഞാ പോരാ അത് ബോധ്യപ്പെടണം നിരായാസത ബോധ്യപ്പെട്ടുകഴിഞ്ഞാൽ സത്സ്വരൂപമാണ് എന്നുള്ള അത് ബോധ്യപ്പെടുന്നുവരാണ് വീണ്ടും അന്വേഷിക്കാൻ പറയുന്നത് പുത്രം അങ്ങനെ ഉത്തരബോധിപ്പിച്ചുകൊണ്ട് അശിഷതി പ്പാസത്തി നമ പ്രസിദ്ധിദ്ദന്യഹ അതിൻ്റെ പണി തേജോബന് പുരുഷേണ ഉപയുജ്യമാന കാര്യങ്ങൾ സംഘാത ശൃസ് അസാങ്കരണ ഉപചയകം വക്തൃം പ്രാപ് തരിഹ ഉത്തമേവ ദിവതിപത്തിശതി പ്രകാരേജോ തിസ്രോ ദിവൈകാതി തോതി അന്നവതധ വിധീയത അന്സി മധ്യമാധാവസ് സപ്തധാതവ ശരീരം ഉപചിന്യന്ത മാംസം ലോഹിതം മജ്ജിതി അനിഷ്ടാതവോ മനഃ ാണം വാജൻ ദേഹസ് അന്തക്കണ സംഘാത ഉപജുന്യം തീരിതം തന്മനോതിസ പ്രാണോഭോതിസ വാഗ്ഭവതീതി ഇതൊരു പറഞ്ഞ കാര്യങ്ങള് ഉപസംഹരിക്കുകയാണ് എന്താ പറഞ്ഞത് ഈ പേരുകളെല്ലാം പറഞ്ഞത് തന്യാ തുടങ്ങിയ പേരുകളെല്ലാം പറഞ്ഞിട്ട് പറഞ്ഞ ഈ പ്രകടനത്തിൽ എന്താ പറയുന്നു തേജോപന്നാനാം പുരുഷേണ ഉപജ്യമാനാനാ ഈ തേജോപന്നങ്ങൾ പുരുഷൻ ഭക്ഷിക്കുന്നതാണ് ജീവൻ ഭക്ഷിക്കുന്നതാണ് അതുകൊണ്ടുണ്ടാകുന്നതാണ് കാര്യകരണ സംഘാതമായി ശരീരം അത് ഒറ്റയ്ക്കൊറ്റ നിന്ന് അതിൻ്റെ സ്വഭാവത്തെ വെടിയാതെ തന്നെ പരസ്പരം കൂട്ടിച്ചേർന്ന് സ്വജാത്യസങ്കാരിയണ ശരീരത്തെ വൃത്തിപ്പെടുത്തി ഒന്നും അതല്ലാതായിട്ടല്ല അതായി നിന്നുകൊണ്ട് കൂടിച്ചേർന്നു തേജസ് തേജസ്സായി നിന്ന് ജലജലമായി നിന്ന് അന്നമന്നമായി നിന്ന് പ്രവർത്തിച്ച് ശരീര രൂപത്തിലാക്കി അക്കാര്യങ്ങളാണുള്ളവർ പറയുന്നത് അതെങ്ങനെയാണ് അതിനുവേണ്ടി പറഞ്ഞ നേരത്തെ കൂടുതൽ ദേകീകാഭൂതി അതെല്ലാം കൂടിച്ചേർന്നു പിന്നെ കഴിച്ച അന്നത്തെ എങ്ങനെ മൂന്നായി മാറുന്നു അത് പരിണമിക്കുന്നു പിന്നെ എങ്ങനെയാണ് അതിൻ്റെ ഓരോ ഭാഗങ്ങൾ സപ്തധാതുക്കളായി മാറുന്നത് എങ്ങനെ അതിൽ നിന്ന് ശരീരം ഉണ്ടാകുന്നു ഇതെല്ലാം എന്താണ് ഒരു സത്തിനെ ആശ്രയിച്ച് സത്തിൽ നിന്നുകൊണ്ടാണ് ഇതല്ല സംഭവിക്കുന്നത് എന്നാൽ ഇതിന് സത്വമായിട്ട് നൂറ് സത്തൻ്റെ സ്വഭാവമായിട്ട് യാതൊരു ബന്ധവും അതാണ് വെളിച്ചത്തിന്റെ സ്വഭാവമായിട്ട് ഒരു ബന്ധമില്ലാത്ത ഇരുട്ടിന് വെളിച്ചത്തിലിരുന്നുണ്ട് കാണുന്നത് പോലെ അതെങ്ങനെ സംഭവിക്കുന്നുവെച്ചാൽ അങ്ങനെ സംഭവിക്കുന്നുണ്ട് വെളിച്ചത്തിലിരുന്നുണ്ടല്ലേ ഇരട്ടിനെ കാണുന്നു വെളിച്ചത്തിലിരുന്നു കൊണ്ടല്ലേ വെളിച്ചവുമായിട്ട് ഒരു ബന്ധമില്ലാത്ത വ്യവഹാരങ്ങളിൽ ഏർപ്പെടുന്നത് അതുപോലെ സത്യനെ ആശ്രയിച്ചിട്ട് ഇതെല്ലാം സംഭവിക്കുന്നു പരസ്പര ബന്ധമില്ലാത്ത അതുകൊണ്ടാണ് നമ്മൾ ചോദിക്കുന്നത് ഇങ്ങനെ നിർഗുണത്തിൽ സഗുണമുണ്ടായി എന്ന് ചോദിക്കുന്നു ചോദ്യം കേട്ട അതൊന്നും അങ്ങനെ ഉണ്ടാകാൻ പാടില്ല ഉണ്ടാകുന്നതിന് എന്തോ വിരോധമുണ്ടെന്ന് ഒരു വിരോധമില്ല നിർഗുണത്തിൽ സഗുണമുണ്ടാകുന്നതിന് ഒരു വിരോധം പിന്നെ ഇവിടെ വിരോധം നമ്മുടെ സങ്കല്പത്തിൽ നിർഗുണമെന്ന് പറഞ്ഞാൽ നമ്മളെന്തോ സങ്കല്പിച്ചു വെച്ചു സഗുണമെന്ന് പറഞ്ഞാൽ മറ്റത്തോ സങ്കല്പിച്ചതിരണ്ട് നമുക്ക് പെരുത്തപ്പെടുത്താൻ കഴിയില്ല ഇവിടെ പൊരുത്തക്കേടൊന്നും ഇല്ല ഇരുട്ടിലെ വെളിച്ചത്തിൽ അനുഭവമാണ് പരസ്പര വിരുദ്ധമാണ് പക്ഷെ അത് സഹകരിക്കുന്നു വെളിച്ചത്തെ ആശ്രയിച്ചാണ് ഇരുട്ടിൽ നിൽക്കുന്നത് അതുപോലെ നിർഗുണത്തെ ആശ്രയിച്ച് സഗുണത്തിന് നീക്കാൻ പറ്റും വിരുദ്ധമായ കാര്യങ്ങളല്ല സത്തിനെ ആശ്രയിച്ച് സത്താണെങ്കിൽ നിർവികാരമാണ് പക്ഷെ വികാരമുള്ള ഭൂതങ്ങൾ നിൽക്കുന്നു സത്തിനാണെങ്കിൽ ശരീരമില്ല ഈ ഭൂതങ്ങൾ കൂടി ശരീരത്തെ ഉണ്ടാകുന്നു ഇങ്ങനെ ഈ വൈവിധ്യങ്ങൾ നാനാത്വങ്ങൾ ദ്വന്ദ്ം അതെല്ലാം ഈ സത്തിനെ ആശ്രയിച്ചു നിൽക്കുന്നു അതാണ് സത്ത് നിന്ന് തേജസ് തുടങ്ങി ഭൂതങ്ങളുണ്ടായി എന്ന് പറയുന്നത് ഇതെല്ലാം അതിനെ ആശ്രയിച്ചു നിൽക്കുന്നു യുക്തം തദ് മനോഭൂതി സപ്രാണോഭൂതി സാമൂഹികഭൂതി അതെല്ലാം അത് തന്നെ സത്ത് തന്നെയാണ് ഇതെല്ലാമായിരിക്കുന്നത് ഇതെല്ലാം സത്താണ് എന്ന് ഗ്രഹിക്കുന്നവന് ഇവിടെ വൈരുദ്ധ്യം പരസ്പര വിരുദ്ധമായ കാര്യങ്ങളല്ല നടക്കുന്നത് പരസ്പര സമന്വയ കാര്യമാണ് നടക്കുന്നത് ചട്ടിപ്പോലും നമുക്ക് പ്രത്യക്ഷമായി പരസ്പര വിരുദ്ധമായി അനുഭവപ്പെടുന്നതാണ് ജലവും തേജസ് ഒന്ന് ഉഷ്ണം മറ്റൊന്ന് ചെയ്തും പക്ഷേ അവയ്ക്ക് വിരോധമില്ല എന്തുകൊണ്ടവ കൂടിച്ചേർന്ന് പ്രവർത്തിച്ചാണ് ഇതെല്ലാം ഉണ്ടാക്കുന്നത് തത്വം മനസ്സിലാക്കുന്നവനതിൽ വൈരുദ്ധ്യം കാണും സ്ഥൂല ദൃഷ്ടിക്ക് വൈരുദ്ധ്യം കാണും പറയും ജലത്തിൽ ജലം തേജസ് വന്നു കഴിഞ്ഞാൽ തേജസ് നഷ്ടപ്പെടത്തില്ലേ വെള്ളത്തിൽ അഗ്നിയിൽ വെള്ളം ഒഴിച്ചാൽ വെള്ളം നശിക്കത്തില്ല ഒന്നല്ലേ ശേഷിക്കത്തുള്ളൂ അങ്ങനെയല്ല ഇവിടെ എല്ലാം നനനിൽക്കുന്നു കൂടിച്ചേർന്ന് പ്രവർത്തിക്കുന്നു നശിക്കേണ്ടത് നശിക്കുന്നു നനക്കേണ്ടത് നിലനിൽക്കുന്നു കാലദേശങ്ങൾക്കനുസരിച്ച് എല്ലാം എന്തുകൊണ്ട് ഒരു സത്തിനെ ആശ്രയിച്ചിരിക്കുന്നതുകൊണ്ട് സ്വയം പ്രാണകർണ സംഘാതെന്തരം ജീവാധിഷ്ഠിതോ ഗതിരെ ചർച്ച ചെയ്തത് സത്ത് സത് എന്നീ കാര്യങ്ങൾ ഉണ്ടായത് നിലനിന്ന് ഇനി ചർച്ച ചെയ്യണം മരണത്തെക്കുറിച്ച് ചർച്ച ചെയ്യണമല്ലോ അതാണ് പറയുന്നത് ദേഹം നശിക്കുന്നു ദേഹാന്തരം ജീവ അധിഷ്ഠിതോ ഏനക്രമേണ പൊറോ ദേഹാക്രക്ഷിതോ ഒരു ദേഹത്തിൽ നിന്നും ജീവൻ വിട്ടു മേറൊരു ശരീരത്തെ സ്വീകരിക്കുന്നു എന്ന് പറയുന്നതും ഒരു സ്ഥത്തിൽ തന്നെ ഈ ദേഹങ്ങൾ മാറി മാറി സംഭവിച്ചുകൊണ്ട് എന്നും പറയുന്നതിന്റെ താല്പര്യം ഒന്നാണ് ഇതൊന്നാണെന്നുള്ളത് പലർക്കും മനസ്സിലാകത്ത രണ്ടു കാര്യമാണെന്നാണ് ധരിച്ചിരിക്കുന്നത് അങ്ങനെ ഒരേ സത്തിൽ തന്നെ പല ദേഹങ്ങൾ വരുന്നു അറിഞ്ഞ വാസ്താംസ്യ ജീർണാന വിഹായ ഒന്ന് തന്നെ പലതിനെ സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നു ഒന്നിൽ പലതും സ്വീകരിക്കാമെന്ന് പറഞ്ഞാൽ വന്നു തിരിച്ചും പറയാൻ എന്താണോ ഒന്ന് പലതിനെ സ്വീകരിക്കുന്നു ഒരു ശരീരം ഇത് വിട്ടടാനോട് പറഞ്ഞിരിക്കുന്നത് എന്താണ് ജീവാധിഷ്ഠിതവും പൂർവ്വദേഹാത്പ്രച്ഛിതോ പഴയദേഹത്തിൽ നിന്ന് വെട്ടിട്ട് പുതിയ ദേഹത്തിലേക്ക് പോകുന്നു ജന്മം എന്ന് പറയുന്നത് തഥാസിഹി സൗമ്യ പുരുഷസ്യ പ്രേതവും പ്രിയമാണസ്യ മരിക്കുന്നവൻ പ്രയൻ മരിക്കുന്നവൻ വാങ് മനസ്സിൽ സമ്പദ്ധ്യത വാക്ക് മനസ്സിൽ വിലയിക്കുന്നു മനസ്സി പശുമുറിയതേ ആ മരിച്ച ഒരാളുടെ അടുത്തിരിക്കുന്നു എന്ന് വിചാരിക്കുക സൂക്ഷിച്ചു നോക്കിയിരിക്കുക ആദ്യമെന്നാണോ ഇന്ദ്രിയങ്ങളെല്ലാം നിശ്ചലമാകുന്നു പറയുന്നു വധതി ബന്ധുക്കൾ പറയുന്നു സംസാരിക്കാൻ പറ്റുന്നില്ല സംസാരം നഷ്ടപ്പെട്ടു സ്വാഭാവിക വരണത്തിലാ ഇത് കാണാൻ പറ്റുന്നു മനഃപ്പുറവ് ഈ വാക് വ്യാപാര മനസ്സുണ്ടെങ്കിലേ വാക്കിന് വചിക്കാൻ പറ്റും മനസ്സോധ്യത് മനസ്സുകൊണ്ട് സങ്കല്പിക്കുന്നു പിന്നെ വാക്ക് പറയുന്നു ഓ ആ പ്രാപിക്കുന്ന ആള് എന്റെ അടുത്തിരിക്കുന്ന ബന്ധുക്കൾ പറയുന്നു ഇപ്പം സംസാരിക്കുന്നില്ല വാക്ക് നിലച്ച് സംസാരം നിലച്ച് വാസംഹൃതായ മനസ്സിൽ മനോ മനന വ്യാപാരേന കേവലേന വർത്തത ജീവൻ ഈ ശരീരത്തിലിരുന്നു ഇത്രയും കാലവും ഈ മനസ്സിനെ ഈ വാക്കിനെയൊക്കെ ഉപയോഗിച്ച് അവസാനം ഇതെല്ലാം തളരുന്നു ആ ജീവനും ഈ വാക്ക് പോരാതെയായി ഈ മനസ്സ് പോരാതെയായി ഈ ശരീരത്തിന് പോരാതെ പോരായ്മ വന്നു ഇതെല്ലാം മനസ്സിലാക്കുമ്പോൾ എന്ത് ആ ജീവൻ ഓരോന്നീന്ന് ഓരോ നിന്ന് പിൻവാങ്ങുന്നതാണ് സഹജമായി സംഭവിക്കുന്ന മരണം ആദ്യം വാക്കിനെ വിടുന്നു ജീവൻ വാക്കിനെങ്ങനെ വിടുന്നു മനസ്സിനെ കൊണ്ടുവിടുന്നു ഇതുവരെ വാക്കിനെ നടത്തിച്ചിരുന്ന മനസ്സാണ് ആ മനസ്സ് പതുക്കെ വാക്കിനെ വിട്ടുകളിൽ നിന്നുകൊണ്ട് വാക്കിന് ശക്തി പോരാതെ ഇനി ശരീരത്തിൽ ഇരുന്നുകൊണ്ട് ഈ വാക്കുപയോഗിച്ചൊന്നും ചെയ്യാൻ പറ്റത്തില്ല എന്ന് ജീവന് ബോധ്യമായി അത് വിടുന്നു നിശബ്ദനാകും എന്നുവെച്ച ബാഹ്യമായ ഇന്ദ്രിയ പ്രവൃത്തികളെല്ലാം ഓരോന്നോരോന്നായിട്ട് വിടുന്നു പശ്ചിപ്പ സമൃദ്ധമായ മനസ്സി മനോ മനനം വ്യാപാരേന കേവലേന വർദ്ധതയും പക്ഷെ കാണുന്നവൻ അവിടെ രോഗിയായി വൃദ്ധനായി മരിക്കുന്നു എന്ന് കരുതുന്നു വാക്ക് നിലച്ചു പക്ഷെ മനസ്സ് നിലച്ചു എന്ന് കാരണം മനസ്സ് ആ ജീവനിൽ വീണ്ടും പ്രവർത്തിക്കുന്നുണ്ടാകാം കാണുന്നവരെ ചിലപ്പോൾ കഴിയുന്നില്ല ഓർക്കുന്നുണ്ടാവും പുറത്തു പറയാൻ കഴിയില്ല അങ്ങനൊരു സങ്കടത്തിലായിരിക്കും മനസ്സ് പക്ഷെ കാണുന്ന ബന്ധുക്കൾ പറയുന്നു സംസാരം നിലച്ച് ശബ്ദം നിലച്ച് ഇനി അധികം കാലമില്ല അതിൻ്റെ ഉള്ളിൽ മനസ്സ് ഉണർന്നിരിക്കുന്നു മനനം വ്യാപാരേന കേവലീന പ്രത്യേകതയും മനോഭി യഥാ ഉപസംഹരിതേ തഥാ മനപ്രാണി സമ്പന്നം ഭൗതി നിങ്ങളുടെ മനസ്സെന്നൊക്കെ പറയുന്ന കേവലം മനസ്സിനെ അല്ല വാക്കോടുകൂടിയ ജീവൻ അത് മാറി മനസ്സോടുകൂടിയ ജീവനാകുന്നു മനസ്സോടുകൂടിയ ജീവൻ അത് വിട്ട് ജീവനായി മാറുന്നു എന്നാണ് അപ്പൊ ജീവൻ ആ മനോഭാവത്തോട് ജീവൻ തന്നെയാണ് വാക്കായും മനസ്സായും ഒക്കെ ഇരിക്കുന്നു ഒരു ജീവൻ ആ ജീവൻ വാക്കിനെ വിട്ട് മനസ്സിനെ വിട്ട് തന്നിലേക്ക് തന്നിലേക്ക് തന്നെ സങ്കോചിക്കുക ആ സങ്കോചമാണ് മരണം സുഷുപ്തി മറ്റേ രണ്ടും വിട്ടു ബാഹ്യമായ സ്ഥൂലമായ പ്രാണനപേക്ഷിച്ച് സ്ഥൂലമായ രണ്ടെണ്ണത്തിനേയും വിട്ടു പുറമേ ഇരുന്ന് നോക്കുന്നവർക്ക് മനസ്സിലാകാം ഇപ്പോൾ പൂർണമായും ശബ്ദം നിലച്ച് ഒന്നും നോക്കുന്നില്ല കാണുന്നില്ല കണ്ണും അടഞ്ഞ് പിന്നെന്താണ് ചെറിയൊരു ശ്വാസോച്ഛ്വാസം മാത്രം മനസ്സുണ്ടെന്ന് കരുതാനും നിർത്തി അത് മാത്രം കാണാൻ പറ്റും പരിശോധിച്ച് നോക്കിയാലേ കാണാൻ പറ്റും ആ മനസ്സ് മാത്രം നിലനിൽക്കുന്നു ജീവൻ മനോമയനായി നിലനിൽക്കുന്നു ഈ ശരീരം വിടാനുള്ള തയ്യാറെടുപ്പിലാണ് ഈ ശരീരമായിട്ടുള്ള ബന്ധങ്ങളെല്ലാം അവിടെ അവസാനിച്ചു മനോമയൻ പ്രാണമയനായി കേവലം പ്രാണരൂപത്തിലുള്ള ബന്ധം മാത്രം ചെറിയൊരു ബന്ധം മാത്രം നിലക്കുന്നു അണയാൻ പോകുന്ന തീനാളം പോലെ അണയാവുന്ന സമയത്ത് എന്താണ് അത് തിരിയുമായിട്ടൊരു ചെറിയ ബന്ധം പുലർത്തുന്നു വളരെ ചെറിയൊരു ബന്ധം നിമിഷം കൊണ്ടു നഷ്ടപ്പെട്ടു ആ തരത്തിൽ അത് കേവലം പ്രാണമയനായി നിലനിൽക്കുന്നു ഭാഗ്യമായിരിക്കുന്നവർക്ക് പിന്നിലൊന്നും പറയാനില്ല സുഷ്ടകാല ഉറക്കം പോലെ ഉറക്കമൊന്നും പറയുന്നില്ല ഇതും ഉറക്കം പോലെയാണ് അതുകൊണ്ട് ചേട്ടത്തിൻ്റെ ഉറക്കമൊന്നും പറയും മരണത്ത നീണ്ട ഉറക്കമെന്ന് പറയും ആ പറയുന്നത് ഉറക്കം പോലെ എന്നുള്ള അർത്ഥത്തിലാണ് തഥാപാർശ്വസ്ത ഹഞ്ഞാദ്യു മറ്റേത് തൊട്ടു നുമ്പെരെ ലഡ്ഡു കാണിച്ച വാതറക്കുമായി അതില്ല പറയുന്നു ന ഒന്നും കാണിച്ചിട്ട് അനങ്ങുന്നില്ല എന്ന് പറയും ന ഒന്നും അറിയുന്നില്ല കാരണം പ്രതികരണമൊന്നുമില്ല വെള്ളം കൊടുത്താലും വായു തുറന്ന് കുടിക്കാൻ ശ്രമിക്കുന്നില്ല തീർന്നു ഒന്നും അറിയാൻ പറ്റുന്നില്ല പാർശ്വസ്ഥ ഞാതയോ കേവലം എന്നാലും തീർന്നു എന്ന് പറയാനുറപ്പില്ല പിന്നെയും ഡാക്ടറെ വിളിച്ച് പരിശോധിക്കുന്നു തീർന്നോ തീർന്നു പറയാൻ വയ്യ അടുത്തിരിക്കുന്നവർക്ക് പറയാൻ വയ്യ വായു തുറക്കുന്നില്ല അനങ്ങുന്നില്ല കണ്ണു തുറക്കുന്നില്ല എല്ലാം അടഞ്ഞു കേവലം പ്രാണൻ മാത്രമായി നിൽക്കുന്നു തീർന്നില്ല എന്നുണ്ടാ പറയാം കാരണം പ്രാണശ തഥാ ഉച്ഛ്വാസി സ്വാത്മനി ഉപസംഹൃത ബാഹ്യകർണ സമ്പർക്കവിദ്യ ദർശന ഹസ്തപാദാധീൻ ഭക്ഷിപൻ മർമ്മസ്ഥാനി നികൃന്ദൻ ജൻ ക്രമേണ ഉപസംഹൃദ തേജസ് സമ്പത്തിന്റെ ആ സമയത്ത് കുറച്ച് മരണവിപ്രാളമൊക്കെ കാണിച്ചു അതാണിവിടെ പറഞ്ഞു എന്തോ ചില അസ്വസ്ഥതകളൊക്കെ പ്രകടിപ്പിക്കുന്നുണ്ട് കൈയും കാലുമൊക്കെ വീശുന്നുണ്ട് മർമ്മസ്ഥാനി നിഗ്രന്ധല്ല ശരീരത്തിന്റെ മർമ്മസ്ഥാനങ്ങളെയൊക്കെ പിളർക്കുന്നത് പോലെ ഉള്ള ചില ചെലവറി മരണ സമയത്തുണ്ടാകുന്ന എന്നൊക്കെ പറയും എപ്രാളം എന്നൊക്കെ പറയും അതെല്ലാം കാണിച്ചിട്ട് പതുക്കെ പതുക്കെ ശാന്തനാകുന്നു ശരീരത്തോടുള്ള ആസക്തി തിന്നാനും കുടിക്കാനും ഒക്കെയുള്ള ആസക്തി അതുകൊണ്ടാണ് ഇത് എല്ലാം വിട്ടുപോകുമെന്നുള്ള അവസാന നിമിഷം മനസ്സിൽ വരുന്ന വളരെ ദുർബലമായ വിചാരം കൊണ്ടാണ് ഇതിലൊക്കെ കയറി പിടിക്കുന്നത് ഇനി എന്തെങ്കിലും അവശേഷിക്കുന്നുണ്ടോ അതാണ് ഒരു വേദന നുഭവിക്കുന്നതാണ് നികൃന്ദൻ ഇതെല്ലാം വെട്ടിക്കുലർത്തുന്നത് പോലെയുള്ളൊരു വേദന നഷ്ടപ്പെടുന്ന വേദന പോകാൻ മനസ്സില്ല ഇതിനെല്ലാം വിടാൻ ഇത്രയും കാലം കൊണ്ടു കിടന്നാണ് അതുകൊണ്ട് ഊർധവിശ്വാസി ദീർഘശ്വാസം വലിക്കുക നീട്ടിവലിക്കുകയാണ് വിടാൻ മനസ്സില്ലാത്തതുകൊണ്ട് പിടിച്ചു നിർത്താനുള്ള ശ്രമമാണ് അവസാനവും അതാണ് നീട്ടി വലിക്കുന്നത് പക്ഷേ പിടിവിട്ടുപോയി ഉപസംഹൃത കർണ മനസ്സ് പോയി ഇന്ദ്രിയങ്ങൾ പോയി എല്ലാം പോയി നേരത്തെ പറഞ്ഞു സമ്മർഗവിദ്യയിൽ പറഞ്ഞുകൊണ്ടാണ് ഇതെല്ലാം അവസാനം പ്രാണനിൽ വിലയും പ്രാപിക്കുന്നു പ്രാണോ അവസമ്മർഗ എല്ലാം പ്രാണലിലാണ് ഇതിനെ അവസാനം കൊണ്ട് ഇന്നത്തെ ഈ പരാക്രമങ്ങളെല്ലാം അവസാനിച്ചതിൻ്റെ കേവലം സാരം മാത്രം സൂക്ഷ്മത മാത്രം കാരണം ഇതിനി ഉപയോഗിക്കാണ്ടായിരുന്നു അതുകൊണ്ട് അത് മാത്രമായി അവസാനം തേജസ് പ്രാണന്റെ മൂലരൂപമായ തേജസ് ഏകീഭവിക്കുന്നു അപ്പൊ ആൾക്കാർ പറയും ചേർത്തുപോയി എന്ന് പറഞ്ഞാലും ദേഹത്തെ തൊത്തിട്ട് നോക്കിയ ഒരു ചെറിയ ചൂട് കാണും തീർന്ന ചൂട് കഥാ ഹൃഞാതയോ എന്ന ചലതി ഓ ഇപ്പോൾ ഇളക്കമില്ല കൺപോളെ ചലിക്കുന്നില്ല ശ്വാസത്തിൻ്റെ ആള് മൃസവും വാ വിചികിത്സ എന്തോ അപ്പോൾ തട്ടിയൊക്കെ നോക്കുന്നു പഞ്ഞിയെല്ലാം മൂക്കൽ വെച്ച് നോക്കുന്നു ചത്തോ ഇല്ലയോ വിചികിത്സന്തോ ദേഹം ആലഭമാനാ ദേഹത്തൊക്കെ പതുക്കെ സ്പർശിച്ചു നോക്കുന്നു ആലഭനം സ്പർശിക്കുക ഉഷ്ണം ചുലഭുമാനാ ചെറിയ ചൂട് എന്നാണ് ഉഷ്ണോ ജീവതി പറയുന്ന ജീവനുണ്ട് പോയിട്ടില്ല അല്പം കൂടെ കഴിഞ്ഞാൽ ഇത് മരവിച്ച് മരം പോലെയാവും ഒരു ചെറിയ അവസാനത്തെ നില അനക്കൊന്നുമില്ല ചട്ടുമ്പുകളുമൊക്കെ അവസാനിച്ചു യഥാ തഥാ ഔഷ്ണലിംഗേന തേജോപസംഹരിതേ ബന്ധം ചെയ്യുന്നു ആ തേജോരൂപനായ ജീവനായി മാറുന്നു തേജോ രൂപനായ ജീവൻ ആ തേജോരൂപനായ ജീവൻ എവിടെ ആ സത്തിൽ നിന്നും രൂപപ്പെട്ടവെന്ന് അവൻ്റെ ആ തേജോരൂപനായി നിൽക്കുന്നോണ്ടാണ് അതിൻ്റെ ഒരു ചെറിയ ബന്ധം ഈ ശരീരത്തിൽ ഒരു ചെറിയ ചൂട് തഥാത്ത തേജ പരസ്യാം ദേവദായം പ്രശാമ്യതി പിന്നെ ഒരു നിമിഷം വിശേഷിക്കത്തോളൂ എന്താണ് ആ തേജോ രൂപനായ ജീവൻ അതും വിടും സുഴ്ത്തിയിൽ എന്നതുപോലെ പരസ്യാം ദേവതായാം പ്രശാമ്യതി ഇതിന് ലയിക്കാൻ വേറെ ഇടവുണ്ടല്ലോ ആ പരമാത്മാവിലേക്ക് വിലയിക്കുന്നു എന്നടും അതങ്ങനെ മരിച്ചപ്പോൾ പരമാത്മാവിനെ പ്രാപിച്ചെങ്കിൽ പിന്നീട് എങ്ങനെ പ്രേതമാകുന്നു ചില ചോദ്യം പ്രേതമാകാൻ പറ്റത്തില്ലല്ലോ പ്രയാസപ്പെടണ്ട ശേഷം വീണ്ടും ഉണർന്ന് വരുന്നില്ലേ അവരെ വീണ്ടും വന്നോളൂ മരണശേഷം വീണ്ടും ജന്മങ്ങളെത്തി ഒരു ജാഗ്രതത്തിന് വിട്ട് സുഹൃത്തിയിലേക്ക് പോയിട്ട് വീണ്ടും അനേക ജാഗ്രതകൾ സ്വീകരിക്കുന്നു പല പ്രേതങ്ങളാകുന്നതുപോലെ മരണശേഷമോ ഭൂതമോ പ്രേതമോ പിശാചോ യക്ഷനോ സന്ദർവനോ കിന്നരനോ ദേവനോ മനുഷ്യനോ എന്ത് വേണോ ആയി മാറാം അതിന് ഏകീഭവനം തടസ്സമല്ല എങ്ങനെയാണോ ഈ ജാഗ്രത പുനർസൃഷ്ടിക്ക് തടസ്സമല്ലാതിരിക്കുന്നത് അതുപോലെ ഈ മരണം പുനർജന്മത്തിന് തടസ്സമല്ല പക്ഷേ ഈ ജീവന് ഇതെല്ലാം അവസാനിപ്പിച്ച് വിലയിക്കാനൊരിടമയാണ് അത് മരണസമയത്തായാലും ശരി അത് അവിടെ തന്നെയാണ് എത്തിച്ചേരുന്നത് പക്ഷേ ഇത് രണ്ടും നമുക്ക് തമ്മിന് വ്യത്യാസമുണ്ട് അതുകൊണ്ടാണ് സുഷുതിലയമല്ല മരണത്തിലെ ലയം അവിടുത്തെ ലയമല്ല സുഷുതിയിലുള്ള ലയം പക്ഷെ പറഞ്ഞിട്ടുണ്ട് സദാശ്രയാഹ സത്പ്രതിഷ്ഠാഹ ജീവൻ എപ്പോഴും സദാശ്രയനാണ് സത്പ്രതിഷ്ഠിതനാണ് നേരത്തെ പറഞ്ഞു എന്താണ് അവൻ വിശ്രമിക്കുമ്പോൾ അവൻ സത്തിൽ വിശ്രമിക്കുന്നു ഉണരുമ്പോൾ അവൻ പ്രപഞ്ചത്തിലേക്ക് വരുന്നു മൂർച്ച മരണം സുഷക്തി എല്ലാം വിശ്രമമാണ് അവന് സത്തിലേ വിശ്രമിക്കാൻ പറ്റും അതുകൊണ്ട് അവർ വലിയ സാങ്കേതിക പ്രശ്നമായിട്ടെടുത്തിട്ട് ചിന്തിച്ച് തലവുണ്ടാക്കേണ്ട കാര്യമില്ല എപ്പോഴാണോ ഒരു പുരുഷൻ വിശ്രമിക്കുന്നത് അവൻ സത്തിനെ പ്രാപിക്കുന്നു അല്ലെങ്കിൽ സത്തിനെ സമീപിക്കുന്നു ജാഗ്രതയിൽ തന്നെ നമ്മൾ വിശ്രമിക്കുന്നു വരുതുക ശരീരം കൊണ്ട് വിശ്രമിച്ചാലും മനസ്സുകൊണ്ട് വിശ്രമിച്ചാലെല്ലാം എന്താ അനുഭവപ്പെടുന്നതെന്ന് നേരത്തെ പറഞ്ഞാൽ നിരായാസത ആ നിരായാസതയാണ് അനുഭവപ്പെടുന്നത് എന്ന് പറഞ്ഞാൽ അവൻ സത്വനോട് അടുക്കുകയാണ് ശരീരം കൊണ്ടടുക്കുന്നു മനസ്സുകൊണ്ടടുക്കുന്നു അപ്പോഴേ ആ നിരായാസത കിട്ടത്തുള്ളൂ അവനറിയാതെ തന്നെ അവനൊരു അന്തർമുഖത വരുന്നു അത് ബാഹ്യമായ വിശ്രമത്തിൽ പോലും തന്റെ സ്വരൂപത്തെ പ്രാപിക്കാൻ ശ്രമിക്കുകയാണ് അത് മരണത്തിൽ എന്ത് ചെയ്യുന്നു ഓരോന്നായിട്ട് വലിച്ചെറിഞ്ഞ് വിട്ട് തൂലത്തെ വിട്ട് സൂക്ഷ്മത്തെ വിട്ട് കാരണത്തെ വിട്ട് ജീവൻ തന്നെ അതൊന്നും ഉപയോഗമില്ല എന്ന് കണ്ടു വിട്ട് ആ സത്തിൽ ഏകീഭവനത്തിൽ എത്തിച്ചേരുന്നു സുഷ്ടിയിലാണെങ്കിലോ അത് ഇതിനെ വിടാതെ തന്നെ വീണ്ടും തിരിച്ചു കൊടുക്കണം ഒരു പിടി വിടാതെ ഇത് പിടിച്ചുകൊണ്ട് തന്നെ വീണ്ടും ഇവിടേക്ക് വരുന്നു പക്ഷെ സർവ്വത്ര എന്താണ് ഇതാ സത്തിന്റെ കളിയാണിതല്ല സത്തിലാണിതെല്ലാം സംഭവിക്കുന്നത് അതാണ് പരസ്യം ദേവതായ പരശാന് വിധി ആ സത്തിൽ അപുരുഷൻ ഇന്ദ്രിയമയനായിരുന്നു മനോമയനായി പ്രാണമയനായി തേജോമയനായി സദാത്മാവായി തദൈവം ക്രമീണോപസൃതയെ സ്വമൂലം പ്രാപ്ത മനസ്സിവോപി സുഷുപ്തകാലവൻ ഉപസംഹാരാ ഉപസ്മൃ സത്യ അഭിസന്ധിപൂർവം ചെയ്ത് ഉപസ്മൃഹീതേ സദൈവസമ്പോദിക്കുന്ന ചോദ്യത്തിന്റെ സമാനം പറയും എന്താ ചോദിക്കുന്നത് ഈ പറയുന്നത് പഠിച്ചുപഠിച്ചു വന്ന അവസാനം പറഞ്ഞു ഉറക്കമാണെല്ലാം ഉറക്കം മതി ഉറക്കം പരമാത്മാവാണെന്നൊക്കെയാണ് ദൈവത്തെ തേടി ഇറങ്ങിയവരാണ് അവസാനം എത്തിച്ചെന്ന് ഉറക്കം എന്താ വിശേഷം അങ്ങനെയാണെങ്കിൽ വീട്ടിൽ കിടന്നുറങ്ങിയാൽ മതിയായിരുന്ന ആശ്രമത്തിൽ ഒന്നും പണിയെടുക്കേണ്ട ഒരു കാര്യമില്ല എന്നുവരെ ചിന്തിച്ചു അതിന് സമാനോട് പറയുകയാണ് ഉറക്കവും മരണവും മൂർച്ഛയും എന്തിനാ കേവല വിശ്രമം പോലും ആ ജീവൻ സത്തിനെ സമീപിക്കുകയോ സത്തിനെ പ്രാപിക്കുകയോ ഒക്കെ ചെയ്യുകയാണ് അവൻ കുറഞ്ഞപക്ഷേ സത്തിനോട് അഭിമുഖമാകുകയും ചെയ്തു എവിടെ നിശ്ചലത നിശ്ശബ്ദത വരുന്നോ അവിടെയെല്ലാം സംഭവിക്കുന്നത് നമ്മൾ ധ്യാനിക്കുമ്പോഴും ചിന്തിക്കുമ്പോഴും എല്ലാം മനസ്സിന്റെ ഏകാഗ്രതയിൽ ജീവൻ തിരിഞ്ഞു നടക്കുക തന്നെയാണ് പക്ഷേ പറയുന്നു അങ്ങനെ സന്മൂലം പ്രത്യേക മനസ്സിൽ മരണത്തിലൂടെ പ്രാപിച്ചാലും ശരി സുഹൃത്ത കാല നിമിത്തോപസംഹാര നിമിത്തങ്ങളെല്ലാം ഇല്ലാതാകുന്നു അല്ലേ മനസ്സ് സാധാരണ വ്യാങ്കരത്തിലിരുന്ന് ഏകാഗ്രത സമ്പാദിച്ചാൽ ഈ മനസ്സിനെ ജീവനെ വിക്ഷിപ്തമാക്കുന്ന മറ്റ് നിമിത്തങ്ങളൊന്നും അവന്റെ മുമ്പിൽ ഇല്ലാതെയാകുന്നു സിനിമ കണ്ടുകൊണ്ടിരുന്നാലും മതി മറ്റുള്ള സർവത്തിൽ നിന്നും മനസ്സ് പിൻവാങ്ങണം ഭജന കണ്ടെത്തിയാലും അങ്ങനെ വിഷയങ്ങളിൽ നിന്നെ മനസ്സ് പിൻവാങ്ങണം കാരണം ഈ സത്തിന് ചരിച്ച് നാനാ രൂപങ്ങളെ പ്രാപിക്കുന്നതിനുള്ള നിമിത്തം വേണം നിമിത്തം ഇല്ലെങ്കിൽ എന്തു ചെയ്യും നിശ്ശബ്ദനാണ് അതുപോലെ നിമിത്ത ഉപസംഹാരാത് ഉപസംഹരിമാണ സൻ തന്നിലേക്ക് തന്നെ അവൻ തന്നെ ഉപസംഹരിക്കുന്നു എങ്ങനെയാണോ കൂർമ്മം അതിന്റെ അങ്ങളെ തന്നിലേക്ക് വലിക്കുന്നത് എന്ന് നമ്മൾ മുമ്പ് പറഞ്ഞപ്പോ തന്നിലേക്ക് തന്നെ അവൻ ഉൾവലിയും സത്യ അഭിസന്ധി പക്ഷെ ഇത്രയേ ഉള്ളൂ വ്യത്യാസം ഇതൊക്കെ തനിയെ സംഭവിച്ചോളൂ ആത്മാവെന്നും മുക്തം തന്നെ പക്ഷേ ഞാൻ മുക്തനാകുന്നില്ല എന്തെല്ലാം അഭ്യാസം ചെയ്തിട്ട് എനിക്ക് മുക്തി അനുഭവിക്കാൻ കഴിയുന്നു ആത്മാവ് സത്തായിരിക്കുന്നു അവൻ എത്രയോ മരണം കടന്നുപോയി അവിടെ എല്ലാം സമ്പത്തി സംഭവിച്ചു എത്രയോ മൂർച്ഛ സംഭവിച്ചു എത്രയോ ഉറക്കം കഴിഞ്ഞു താനെന്നും അജ്ഞനാണ് അത് തന്നിലൊരു വിശേഷിതയുണ്ടാക്കി കൂടുതൽ തന്നെ മോശമാക്കിയതേ എന്തുകൊണ്ട് പറയുന്നു സത്യ അഭിസന്ധിപൂർവകം അഭിസന്ധി നിശ്ചയം നിങ്ങൾ സത്യനിശ്ചയത്തോടു കൂടിയാണ് ചെയ്തുപസംഹിയതേ ഇത് സംഭവിക്കുകയാണെങ്കിൽ മരണത്തിലായാലും ശരി സുഷ്ടായാലും ശരി എവിടെ ആയാലും ശരി സത്യനിശ്ചയത്തോടുകൂടിയാണെങ്കിൽ സദേവസമ്പദ്ധ്യത ആ സത്ത് തന്നെയായിത്തീരുന്നു എന്നാ പുനർദേഹാന്തരായ സുഷുതാദിപ ഉഷ്ഠീ മരണത്തിന്റെ കാര്യം പറയുക മരണത്തിൽ സത്യ അഭിസന്ധിയോടുകൂടി തസ്യ താവ്ദേവ ചിരം ഞാവെന്ന വിമോക്ഷ അത് സത്സമ്പത്തി എന്നെല്ലാം പറഞ്ഞ് ഇതാണ് സത്യബോധത്തോടുകൂടിയാണ് മരണത്തിലേക്ക് പോവുകയാണെങ്കിൽ ന പുനർദേഹാന്തരായ മറ്റൊരു ദേഹത്തെ സ്വീകരിക്കാം എന്ന് പറഞ്ഞ് സുഴുത്താതിവ ന ഉഷ്ഠതി എങ്ങനെയാണോ ഉറക്കത്തിൽ നിന്ന് ഉണർന്നു വീണ്ടും ആ സത്ത് ഈ ശരീരത്തെ സ്വീകരിക്കുന്നത് അതുപോലെ സ്വീകരിക്കത്തില്ല യഥാ ലോകേ സഭമാനത്തഭയം ദേശം പ്രാപ്ത പറയുന്നു കാട്ടിലകപ്പെട്ടു പോയി അവിടെ ഭയത്തിന് നിമിത്തങ്ങൾ കൊണ്ട് കാട്ടിൽ നിന്ന് ഓടി ഓടി ഓടി എങ്ങനെയോ ഒരു ഗ്രാമത്തിലെത്തിച്ചേർന്നു എങ്ങനെ എത്തിയതൊന്നും അറിയത്തില്ല ഭയം ഓടിച്ചതാണ് അപ്പോ ഭയമുള്ള ഒരു ദേശത്ത് നിന്ന് അഭയമായ ദേശത്ത് എത്തിച്ചേർന്നാൽ അതെങ്ങനെയാണോ ഭയകമ്പാദികളിൽ നിന്ന് പൂർണമായും വിമുക്തനായി ആശ്വസിക്കുന്നത് അതുപോലെ ഈ ജാഗ്രത്തിൽ നിന്ന് അല്ലെങ്കിൽ ഈ ജന്മത്തിൽ നിന്ന് സത്യ അഭിസന്ധിപൂർവകം ആണ് പോകുന്നതെങ്കിൽ അവന് പൂർണമായ ആശ്വാസമുണ്ടാകുന്നു നിരായാസനായിത്തീരുന്നു പിന്നീട് ജന്മമില്ല ഇതരസ്തു അനാത്മജ്ഞാ തസ്മാദൈവം മൂല സുഷുപ്താദി ഉത്തായ മൃത്വ പുനർദേഹജാലം ആവശ്യ അങ്ങനെ സംഭവിച്ചില്ലെങ്കിലോ മരണം വരെ ഈ സത്യത്തെ ബോധിക്കാൻ കഴിഞ്ഞില്ല അത് കഴിഞ്ഞില്ലെങ്കിൽ പറയുന്നു ആ സന്മൂലത്തിൽ നിന്നും എങ്ങനെയാണോ ഉറക്കത്തിൽ നിന്ന് ഉണർന്നു വന്നത് അതുപോലെ വന്നോ വീണ്ടും മരിച്ച് വീണ്ടും ദേഹത്തെ സ്വീകരിക്കുന്നു ഇത് മരണത്തെ സംബന്ധിച്ച് പറയുന്നു സുഷുത്യെ സംബന്ധിച്ച് ഇത് തന്നെ എന്താണ് സു ഇത് ഈ ശരീരത്തെ വിട്ടിട്ടാണ് ഒരാൾ ഈ ശരീരത്തെ ഉപേക്ഷിച്ചിട്ടാണ് അയാൾ ഉറക്കത്തിലേക്ക് പോവുകയാണെങ്കിൽ നടക്കും അങ്ങനെ ശരീരത്തെ ഉപേക്ഷിച്ചിട്ട് ഉറക്കത്തിലേക്ക് പോകും ദേഹാഭിമാനം വെടിഞ്ഞിട്ട് ആത്മബോധത്തിൽ ദേഹാഭിമാനം വെടിഞ്ഞിട്ടാണ് അയാൾ ഉറക്കത്തിലേക്ക് പോവുകയാണെങ്കിൽ ഉണർന്നു വരുമ്പോഴും അയാളുടെ അത് കാണത്തില്ല ദേഹാഭിമാനം കൊണ്ട് സംശയിക്കുകയും ജാഗ്രതത്തിൽ ഒരാൾ ഒരുപാട് പ്രയാസപ്പെട്ട് ജ്ഞാനം നേടി സുഹൃത്തിച്ചെന്നപ്പോൾ അവിടെ അജ്ഞാനം ഉണ്ടായിരുന്നു കാരണം അങ്ങനെയുള്ള നമ്മൾ ധരിക്കുന്നത് സൂക്തി ഉണ്ട് അവിടെ അജ്ഞാനമുണ്ട് വീണ്ടും ഉണ്ടെന്ന് വന്നപ്പോൾ വീണ്ടും അജ്ഞാനം കൊണ്ടായാലും ഞാൻ വീണ്ടും അജ്ഞാനാകണ്ടേ കാരണം അവിടെ അജ്ഞാനത്തിൽ പോയിട്ടല്ലേ മടങ്ങി വന്നത് കുളിച്ചിട്ട് വന്നാൽ നനഞ്ഞിരിക്കത്തില്ലേ ശരിയില്ല അതുപോലെ വീണ്ടും ഇങ്ങനെയൊക്കെയുള്ള ചോദ്യങ്ങൾ ചോദിക്കും അത് സമാനം പറയുകയാണ് ഇവിടെ ദേഹത്തെ ഉപേക്ഷിച്ചിട്ട് പോയാൽ ഈ ദേഹത്തെ ഉപേക്ഷിച്ചിട്ട് ഉറങ്ങാം ഒരു പ്രയാസം ഇവിടെ ഉപേക്ഷിച്ചാലും ഉറക്കത്തിന് തടസ്സമില്ല ഉണർന്നു വരുമ്പോൾ എന്ത് വരുന്നു വീണ്ടും ആ ദേഹാഭിമാനവും വരുന്നില്ല മരണം പോലെ ഈ സത്തായിട്ടാണ് ഉണർന്നിരിക്കുന്നതെങ്കിൽ സുഹൃത്തിൽ വീണ്ടും ഉണരുന്നതും സ്വത്തായിട്ട് തന്നെ സുഹൃത്തി എന്താണെന്ന് ചിന്തിച്ച് ബേജറാവേണ്ട കാര്യമില്ല ചിന്തക്കപ്പുറമാവും ജാഗ്രതനെ കുറിച്ച് ചിന്തിച്ചാൽ മതി വാദവിവാദങ്ങളെല്ലാം ജാഗ്രതനെ കുറിച്ച് മതി സുഹൃത്തിയെക്കുറിച്ച് സുഹൃത്തിയാനൊന്നും അവസരം തരുന്നില്ല സദാസത് പ്രതീതിക്ക് അതീതമായ ഒന്നിനെ കുറിച്ച് നമുക്ക് തർക്കിക്കാൻ പറ്റും ഇവിടെ നമുക്കതിനെ കുറിച്ചും ബാധിക്കാം അതാണ് ഇതാണ് ഇവിടെ ജാഗ്രതയിൽ ഈ ദേഹത്തെ ഉപേക്ഷിച്ചു പോകുന്നവൻ സുഹൃത്തിയിലേക്ക് എന്നുവെച്ചാൽ ദേഹാഭിമാനത്തെ പിടിഞ്ഞിട്ട് പോകുന്നവൻ ഉണർന്നാലും ഉണർന്നില്ലെങ്കിലും ഇനി ആ നേരെ തൊഴുത്തിൽ അവൻ്റെ മരണമായി തീർന്ന് ശരീരം അവിടെ വെച്ച് ശരീരത്തിലുള്ള എല്ലാ ബന്ധമിട്ടാലും നേരത്തെ പറഞ്ഞതുപോലെ മരണം അതുപോലെ തന്നെ സംഭവിക്കും തത്വത്തെ ഗ്രഹിച്ചാലും ഇല്ലെങ്കിലും മരണത്തിന്റെ പോക്കിത് തന്നെയാണ് വ്യത്യാസം പറയും എന്താണിത് ഇവിടെ പറഞ്ഞ വാക്ക് മനസ്സിൽ മനസ്സ് എന്ന് പറയുന്നത് ഈ വാക്ക് മനസ്സൊക്കെ പിന്നെവിടെ പോയി തത്വം അതല്ല അതാത് ദേവതകളെ വിനയിക്കുന്നു പറയും അങ്ങനെ ഒരു വ്യത്യാസം മാത്രം പറയും അതെന്തുമായി കളെ ഇവിടുത്തെ ചോദ്യം ഇതാണ് മരണത്തിൽ തത്വജ്ഞാനത്തോടുകൂടിയാണ് മരണം സംഭവിക്കുന്നതെങ്കിൽ ജന്മമില്ല അപ്പോ തത്വജ്ഞാനത്തോടുകൂടി ഉറങ്ങിയാൽ പിന്നെ ഉണരാതിരിക്കുമോ എന്നാ കാരണം തത്വജ്ഞാനം മരണമല്ല തത്വജ്ഞാനത്തിൽ എന്താണ് ഇതുപോലെ ഉള്ള ലയമല്ല സംഭവിക്കുന്നത് മരണത്തിൽ ലയം സംഭവിക്കുന്നു അതല്ല തത്വജ്ഞാനത്തിൽ സംഭവിക്കുന്നു തത്വജ്ഞാനത്തിൽ ശരീരാഭിമാനം നഷ്ടമാകും ആ ശരീര അഭിമാന നാശത്തോടുകൂടി ഉറങ്ങുകയാണെങ്കിൽ ഉണരുമ്പോഴും അവന് അതുണ്ടാകത്തില്ല അതുകൂടെ പറയുന്നതിന്റെ താൽപ്പര്യം പരസ്യം ദേവതായാം പശാം വരി എല്ലാം പരദേവതയിൽ ശ്രമിക്കുന്നു